ദൈവത്തിന് സ്തോത്രം ദൈവോതിരനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ വന്നിയ ആത്മീയ പിതാക്കന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികൾക്കും കറുത്ത നാമത്തിൽ എന്റെ മീതമായ നമസ്കാരം ദൈവത്തിന് സ്തോത്രം ഈ ബൈബിൾ ക്ലാസ് നമുക്ക് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നുവെങ്കിലും ഈ ക്ലാസ് ആരംഭിച്ചിട്ട് വാസ്തവത്തിൽ ഈ വിഷയം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി എനിക്ക് തോന്നുന്നു നാലഞ്ചു വർഷമായി എന്നെനിക്ക് തോന്നുന്നു കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ആയിക്കാണും വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ളതായ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നാം എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച തോറും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നാം തിരുവചനം പഠിച്ചു വരികയാണ് നിങ്ങൾ വിവിധദേശങ്ങളിലുള്ളവരെ അതിൽ സംബന്ധിക്കാൻ സാധിക്കാറില്ല എന്നാൽ എനിക്കറിയാം ദൂരദേശങ്ങളില് അങ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും മലേഷ്യയിലും സിംഗപ്പൂരും എല്ലാം ഇരുന്ന് ദൈവമക്കൾ ഈ പരിപാടി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ നാളുകളായിട്ടത് സാധിച്ചു വരികയാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം അത് വർഷങ്ങളായിട്ട് അഞ്ച് വർഷം എന്ന് പറഞ്ഞല്ലോ പഠിച്ച് വരുന്നത് നാം ഏതാണ്ട് ഇരുപത്തി രണ്ടാം അധ്യായം വരെ അവസാനത്തെ അധ്യായം വരെ ഏതാണ്ടായിരിക്കുകയാണ് അവസാനത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം തന്നെ പറഞ്ഞ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ക്ലാസ്സുകളായി കാണും എന്നാൽ അതിന്റെ ഒന്നും ഒന്നും പറഞ്ഞ് ഒന്നും ആകാൻ സാധിച്ചില്ല അതിനെ തുടർന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഇന്ന് പൊതുവായിട്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒരു പൊതുധാരണ നിങ്ങൾക്ക് വരുവാൻ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ പൊതുവായ ചില കാര്യങ്ങൾ ഇന്ന് പറയാം എന്ന് ഞാൻ ആശിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ ലോകത്ത് കരുണയുള്ള കർത്താവ് കൃപയാൽ നമുക്ക് ഈ വചനം തന്നത് എന്തൊരു മഹാഭാഗ്യമാണ് നമുക്ക് ലോകത്തിന് ഗതിയറിയാൻ സാധിക്കും വചനത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുമെന്ന് അറിയാൻ സാധിക്കും വചനത്തിൽ കൂടെ ലോകത്തിന്റെ അവസാനം എന്താകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വചനത്തിൽ കൂടെ അതുപോലെ തന്നെ കഴിഞ്ഞുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അതിനെക്കുറിച്ചുള്ളതായ വിവരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ നിങ്ങൾക്കറിയാം കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം എല്ലാം അക്ഷരം അക്ഷരം പ്രതിയായിട്ട് എല്ലാം നിറവേറുകയുണ്ടായി ഓരോ കാര്യവും കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിൽ എത്രയോ വർഷം മുൻപാണ് എത്രയോ വർഷം മുൻപാണ് സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല ചതയ്ക്കും എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ഒരേ മാത്രമേ ജനിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം നാം എല്ലാം പുരുഷൻ പുരുഷന്റെ സന്തതിയാണ് നമ്മുടെ പേരിനെ ചേർത്ത് ഇരട്ടപ്പേര് പറയുന്നത് ഇന്ന വീട്ടുപേരും അപ്പന്റെ പേരും ചേർത്താണ് പറയുന്നത് എന്നാൽ ആരും അമ്മയുടെ പേര് ചേർത്ത് പറയാറില്ല കാരണം എന്നാ അമ്മ പ്രസവിച്ച മക്കൾ നാം എല്ലാവരും പക്ഷേ അപ്പന്റെ പേരിലാണ് അറിയുന്നത് സ്ത്രീയുടെ സന്തതിയായിട്ടാരും ലോക ചരിത്രത്തിൽ സ്ത്രീയുടെ സന്തതിയായി യേശു മാത്രമേ ജനിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല ചതയ്ക്കും എന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ പ്രവചനം അത് അക്ഷരികമായി നിറവേറി അത് തന്നെയാണ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് കൊല്ലം മുമ്പ് എസ് പ്രവാചകൻ പറഞ്ഞത് കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനു വിയൽ എന്ന് പേർ വിളിക്കപ്പെടും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു അത് ഉൽപത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞത് അത് വർഷങ്ങൾ വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം യശയ്യ പ്രവാചകം പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് എവിടെയാണ് പ്രസവിക്കുന്നത് എന്ന് യേശുക്രി ജനിക്കുന്നതിന് ആയിരത്തിഒരുന്നൂറ് വർഷം മുമ്പ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് േത്തുലഹേമയിൽ നിന്ന് വരുന്ന ഇയാളോട് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബേത്തലഹേമയിൽ നിന്ന് വരുന്ന ഒരു ലേവിയനാകുന്നു തരം കിട്ടുന്നെടുത്ത് വറവാൻ പോവുകയാകുന്നു എന്ന് പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് ബേത്തുലഹേമയിൽ എന്ന് പുറപ്പെടുന്ന ലേവ്യൻ തരം കിട്ടുന്നിടത്ത് വറവാൻ പോവുകയാകും എന്ന് പറയുന്നത് യേശു ആ ഒന്നാമത്തെ വരവ് അന്ന് ക്രിസ്തു രണ്ടായിരത്തിലേറെ വർഷം മുമ്പ് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ജനിക്കുന്ന ബേതലഹേമിന്റെ ജനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അത് തന്നെയാണ് മീകാപ്രവാചന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് അറുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് മീകാപ്രവാചകം പറഞ്ഞിരിക്കുന്നത് നീയോ ബേത്തലഹേം എഫ്രാത്തേ നീ യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എന്റെ ജനത്തെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞിരിക്കുന്നു ബേത്തലഹേം യഫ്രാത്ത്യിലെ ബേത്തലഹേമേ നീയെ യഹൂദാ സഹസ്രങ്ങൾ ആയിരക്കണക്കിന് യഹൂദാ നഗരങ്ങളുള്ളതിൽ നീയെ ചെറിയൊരു നഗരമാണെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നത് മീഹാപ്രവാചകൻ മുൻകൂട്ടി കേൾക്കുകയും കാണുകയും എഴുതുകയും ചെയ്യുകയുണ്ടായി ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷം മുൻപാണ് കൃത്യം ആയിരം വർഷം എന്ന് പറയാം ആയിരം വർഷം മുമ്പാണ് ദാവ് ചെയ്ത് യേശുക്രി കഷ്ടുഭവത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ക്രൂശിമേൽക്കട എന്ന് പറയുന്ന വാക്യം ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശുക്രിസ്തു റൂസിമേൽക്കടന്ന് കരയാൻ കരയുന്നു എന്നുള്ളത് ദാവ് ചെയ്ത് കണ്ടു ഇസ്രായേലിന്റെ മധുര ഗായകനും ദീർഘദസിയുമായി ദാവ് കണ്ടിട്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തിന് ഒന്നാം വാക്യത്തിൽ ദാവീത് പറഞ്ഞു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീനെ കൈവിട്ടത് എന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തെക്കുറിച്ച് എത്രയോ സങ്കീർത്തനങ്ങൾ തന്നെ ദാവീദ് എഴുതിയിട്ടുണ്ട് ദാവീദിന്റെ സങ്കീർത്തനം അൻപത്തി ഒമ്പതാം സങ്കീർത്തനം കാണിക്കുന്നതാണ് അൻപത്തി അഞ്ചാം വാക്യങ്ങൾ ക്രൂശാരോഹണത്തെ കാണിക്കുന്നതാണ് ദാവീദിന്റെ ആ സങ്കീർത്തനങ്ങൾ പലതും ക്രൂസിലെ നിന്ദയെക്കുറിച്ചും ക്രൂസിലെ കഷ്ടതയെക്കുറിച്ചുമെല്ലാം പറയുന്നതാണ് ക്രൂശാരോഹണത്തെ സൂചിപ്പിക്കുന്നതായ അനേകമനേകം പ്രവചന ഭാഗങ്ങൾ ദാവീദ് പാടിയിട്ടുണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് യേശുക്രിസ്തിന്റെ രക്ഷാനുഭവത്തെ കുറിച്ച് തന്നെ ഒരധ്യായം യെസ് പ്രവാചിന് എഴുതി അതാണ് യെസ് പ്രവാചിന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ഞാൻ ഈ ഓടിച്ചു പറയുന്നുകൊണ്ട് നിങ്ങൾക്ക് പിറകെ അത് മനസ്സിലാക്കി വരാൻ പലപ്പം താമസം എങ്കിലും ഇതെല്ലാം ചരിത്രത്തിലെ വസ്തുതകൾ ചില സത്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിക്കുന്നതേ യേശുക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ്റി കൊല്ലം മുമ്പ് എസ് സിയാ പ്രവാചകൻ പ്രവചിച്ചു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവന് അത്ഭുത മന്ത്രി ദൈവം നിത്യപിതാവ് സമാധാന പ്രഭുവെന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞു അത് യേശുവിന്റെ അവതാരത്തെ യേശുവിന്റെ ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം യേശു ജനിക്കുന്നതിന് അറുനൂറ് വർഷത്തിലേറെ മുൻപ് സഹരിയ പ്രവാചകൻ പ്രവചിച്ചു യേശു സൗമ്യനായി കഴുത കുട്ടി മേൽ കയറി വാഹനമേറി വരുന്നുവെന്ന് സീവൻപുത്രി ഭയപ്പെടേണ്ട ഇതാ അതിന്റെ രാജാവ് സൗമ്യനായി ജയശാലിയായി കഴുതമേൽ കയറി വരുന്നു എന്നത്രേ സഹരിയാവ് പ്രവചിച്ചത് സഹരിയാവ് തന്നെ പ്രവചിച്ചു യേശുക്രിസ്തു എനിക്കുന്നതിന് അറുനൂ അറുന്നൂറോളം വർഷം മുൻപാണെന്ന് ഓർക്കണം കേൾക്കുക ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതിന് അറുന്നൂറ്റിഅൻപതിന് ഇടയ്ക്കുള്ളതായ കാലത്ത് സഹരിയാ തന്നെ പ്രവചിച്ചു എന്താണ് പ്രവചിച്ചത് യേശു ഒറ്റിക്കൊടുക്കുന്നത് മുപ്പത് വെള്ളിക്കാശിനാണ് എന്ന് സഹരിയാവ് പ്രവചിച്ചു ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിക്കുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ചില പൊതുധാരണകൾ നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം പറയുകയാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുക്കുന്നത് മുപ്പത് വെള്ളിക്കാശനാണ് എന്ന് പ്രവചിച്ചു അതേ അധ്യായത്തിൽ തന്നെ മൂന്ന് പേരെ ഞാൻ ഛേദിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഈ മൂന്ന് പേര് പ്രവാചകത്വം പൌരോഹിത്യം രാജ്യത്വം അതിനെയാണ് കാണിക്കുന്നത് മൂന്ന് പേരെ ഞാൻ ഛേദിച്ചു കളയും എന്ന് സഹരിയാ പ്രവാചകം പ്രവചിച്ചു അതേതാണ് പൌരോഹിത്യം പ്രവാചകത്വം രാജ്യത്വം എന്നിവയെ ഛേദിച്ചു കളയുമെന്ന് അതെല്ലാം എല്ലാം മാറ്റപ്പെടുവെന്നല്ല അവയെ ഛേദിച്ചുകളഞ്ഞിട്ട് ഒരു പുതിയ നിയമം സ്ഥാപിക്കുവാൻ ക്രിസ്തു വരുന്നു എന്നതായ ആ പഴയകാല പൌരോഹിത്യത്തിന്റേതായ എല്ലാ എല്ലാ കാര്യങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് ഒരു പുതിയ പുതിയ സമീപനം പുതിയ ഒരു അപ്രോച്ച് അത് വരാൻ പോകുന്നു എന്ന് സെഹയാവ് മുൻകൂട്ടി കണ്ടു ദൈവത്തിന സ്തോത്രം ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങൾ എല്ലാം അക്ഷരം പ്രതി ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം അതേപടി നിറവേറി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ വരനെക്കുറിച്ചും അനേകം പ്രവചനങ്ങളുണ്ട് ക്രിസ്തു വീണ്ടും വരും എന്നതിനെക്കുറിച്ച് അനേകം പ്രവചനങ്ങളുണ്ട് അതിന് ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നും അതിനെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട് നാം ഈ പ്രവചന ഭാഗങ്ങൾ പലതും വായിക്കുമ്പോൾ അപ്പോൾ മുഴുവനായി മനസ്സിലാക്കിയില്ലെങ്കിലും അത് വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളണം കർത്താവെ എനിക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കാൻ കർത്താവെ നീ എനിക്ക് ഗ്രഹണശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം കർത്താവെ എനിക്കിതെല്ലാം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി തരണമേ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് തരണമേ അതിനുള്ള ബുദ്ധി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം വേദപുസ്തകത്തിലെ കാര്യങ്ങൾ നമുക്കറിയേണ്ടത് ആവശ്യമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാത് സമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെ വേദപുസ്തകത്തിലേക്ക് തന്നെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും ഉള്ളതായ ഒരു സാവകാശമുണ്ട് സൗകര്യമുണ്ട് അത് വാസ്തവത്തിൽ അതൊരു ഭാഗ്യമാണ് നിങ്ങൾ ഓരോരുത്തരും കർത്താവേ എനിക്ക് തിരുവചനം പഠിക്കാനുള്ളതാകം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രധാനമായ ഒരു പ്രവചന ഗ്രന്ഥമാണ് പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒടുവിലത്തെ യുദ്ധം മൂന്നാൽ ലോഹവാഹിത്വത്തെക്കുറിച്ച് മൂന്നാ ലോഹവാഹിത്വത്തിന്റെ അതിന്റെ ഒരു ഭാഗത്തെ പ്രതിനിധീകരിച്ച് ജനനായകനായി എഴുന്നേരി നിൽക്കുന്ന എതിർക്രിസ്തു എന്ന് പറയുന്ന അന്തിക്രിസ്തുവിനെക്കുറിച്ച് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമായിരിക്കുന്നതിനെക്കുറിച്ച് ആ അവസാനത്തെ യുദ്ധത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് പിന്നീട് ലോകത്ത് ഏതെല്ലാം അനർത്ഥങ്ങളും ബാധകളും അപകടങ്ങളുമാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാം ദാനിയൽ പ്രവാചകനും വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസലന യോഹനാനും എല്ലാം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് ദൈവത്തിന സ്ത്രോത്രം വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ റേഡിയോ ഇന്നത്തെ ടെലിവിഷൻ ഇന്നത്തെ ഗോളാന്തര യാത്ര ഇന്റർകോണ്ടിനന്റൽ ഇന്റർ പ്ലാനറ്ററി ട്രാവൽ ഈ ബഹിരാകാശ യാത്ര ഔട്ടർ സ്പേസിലേക്കുള്ള യാത്ര ഇങ്ങനെയുള്ളതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നത്ഭുതപ്പെട്ടു പോകും ഇന്നത്തെ ബോംബുകളെക്കുറിച്ച് ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ഏറ്റവും അത്യന്താധുനികമായ ന്യൂട്രോൺ ബോംബിനെ കുറിച്ചെല്ലാം ഉള്ളതായ വിവരണങ്ങളും ഈ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിന്നിരിക്കുന്നതായ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഗതിയെയും നോക്കുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വരവ് ഇന്ന സമയത്ത് എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല സ്വർഗത്തിലെ നിത്യനായ പിതാവല്ലാതെ പുത്തനമ്പരാൻ പോലും അറിയുന്നില്ല താൻ എപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഇനിയും രണ്ടാമത്തവരെ എപ്പോഴെന്ന് മാർ പോലും അറിയുന്നില്ല സ്വർഗ്ഗത്തിലെ ദൂതന്മാരും അറിയുന്നില്ല അതുകൊണ്ട് ഈ ഭൂമിയിലിരിക്കുന്ന ആർക്കും അത് പ്രവചിക്കാൻ സാധ്യമല്ല എന്നാൽ അതിനുള്ള ലക്ഷണങ്ങൾ വേദപുസ്തം പറഞ്ഞിട്ടുണ്ട് ലക്ഷണങ്ങൾ നോക്കുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന് സ്തോത്രം ഓർക്കുക എന്റെ സഹോദരങ്ങളെ നാം ഒരു വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലോകം അതിന്റെ ചരിത്രത്തിന്റെ ഗതിയിൽ ഒരവസാന കാലയളവിലേക്ക് വന്നെത്തിയിരിക്കുന്നതിന് പ്രകടമായ ലക്ഷണങ്ങളെല്ലാം ഒത്തൊത്തു വരികയാണ് നാം ഇത് കേൾക്കുമ്പോൾ അമ്പരപ്പിലാകുകയല്ല വേണ്ടത് നേരെ മറിച്ച് നാം ഒരുങ്ങുകയാണ് വേണ്ടത് വെളിപ്പാട് പുസ്തകത്തിൽ അതിനുള്ളതായ സൂചനകളും അതിനുള്ളതായ പ്രബോധനങ്ങളും എല്ലാം നമുക്ക് തരുന്നുണ്ട് ഈ വേദപുസ്തകത്തിൽ പലതരത്തിലുള്ളതായ പുസ്തകങ്ങളുണ്ട് ചരിത്ര സംഗീത പുസ്തകങ്ങളുണ്ട് പ്രവചന ഗ്രന്ഥങ്ങളുണ്ട് സങ്കീർത്തന പുസ്തകങ്ങളുണ്ട് സങ്കീർത്തനം സംഗീതത്തിൽപ്പെടും സങ്കീർത്തന പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ ഉത്തമഗീതം ഇതെല്ലാം ഗാനഗ്രന്ഥങ്ങളാണ് സംഗീതഗ്രന്ഥങ്ങളാണ് കീർത്തനഗ്രന്ഥങ്ങളാണ് അതെല്ലാം മ്യൂസിക്കൽ ബുക്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്നാൽ വേദപുസ്തകത്തിൽ തന്നെ പ്രവചനഗ്രന്ഥങ്ങളുണ്ട് ചെറിയ പ്രവാചകന്മാരുണ്ട് വലിയ പ്രവാചകന്മാരുണ്ട് ചെറിയ പ്രവാചകന്മാര് കോഷയ ആമോസ് യോവേൽ ഓപദ്യാവ് യോന മീഖ സെഹരിയാവ് സെഫന്യാവ് ഹഗ്ഗായി ഹവക്കോക്ക് നഹും മലാഖി എന്നിങ്ങനെയുള്ള അനേകം ചെറിയ പ്രവാചകന്മാരുണ്ട് ദാനിയേൽ യശയ്യാവ് യഹസ്കേൽ എന്ന ഇരമ്യാവ് മുതലായ വലിയ പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാ വലിയവരോ ചെറിയവരോ എന്ന് പറയുന്നത് മേജർ പ്രോഫറ്റ്സ് എന്നും മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയും അത് അവരുടെ വലിപ്പവും ചെറുപ്പവുമല്ല എഴുതിയ പുസ്തകത്തിന്റെ വലിപ്പമാണ് കണക്കാക്കുന്നത് എഴുതിയത് ചുരുക്കം എഴുതിയവരാണെങ്കിലും തീയുടെ വചനം തന്നെയാണ് എഴുതിയത് ഗൌരവമേറിയ പരിശുദ്ധാത്മ കറയാലാണ് അവർ എഴുതിയത് പക്ഷേ അവരെഴുതിയത് ദീർഘമായി എഴുതിയവര് വളരെ ധാരാളമായി എഴുതിയവര് അവരുടെ പുസ്തകങ്ങൾ മേജർ പ്രൊഫസീസ് ആണ് വലിയ പ്രവചനങ്ങളാണ് എന്നാൽ അവര് വലിയ പ്രവാചകന്മാരായി മേജർ പ്രോഫിറ്റ്സ് ആയി എന്നാൽ ചെറിയ കുറച്ചു മാത്രം എഴുതിയവര് മൈനർ പ്രൊഫസീസ് ആണ് എഴുതിയത് മൈനർ പ്രവാചകന്മാരാണ് വെളിപ്പാട് പുസ്തകം ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളതായി ഗ്രന്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകത്തെ പൊതുവായി നാം ഒന്ന് കാണുകയാണെങ്കിൽ പൊതുവായിട്ട് കാണുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം ഒന്നാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണാം അത് ഏഴാമത്തെ വാക്യമാണ് നമുക്ക് വായിക്കാം ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തൊളിച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ഇതാ അവൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ക്രിസ്തു വീണ്ടും വരുന്നു അതാണ് എളിപ്പാട് പുസ്തകത്തിന്റെ ഈ ഇരുപത്തിരണ്ട് അധ്യായങ്ങളുടെയും ആകത്തുക ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു മേഘത്തിന്മേൽ മേഘത്തേരിന്മേൽ വാനരഥത്തിന്മേൽ ആകാശമേഘങ്ങളിന്മേൽ മുകിലഴകിന്മേൽ പിതാക്കന്മാർ നമ്മുടെ സഭയുടെ പിതാക്കന്മാർ പാടിയത് അങ്ങനെയാണ് മുകിലഴകിന്മേൽ ആഘോഷിതനായിരുന്നുവെന്നാണ് മുകിലഴകിന്മേൽ ആഘോഷത്തോട് എഴുന്നള്ളി വരുമെന്നാണ് മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷിതനായിടുന്നു അപ്പോൾ നയവാന്മാർ മാത്രം വിശുദ്ധന്മാർ മാത്രം നീതിവാന്മാർ മാത്രം നൈവാൻമാർ തൻ ക്രിസ്തുവിന്റെ മുൻ വരവിന്റെ മുൻപുള്ള കൊമ്പിൻ നാഥം കേട്ടിട്ട് കാഹ്ളനാഥം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു ക്രിസ്തുവിനെതിരേൽക്കാൻ മധ്യാകാശത്തിലേക്ക് പറക്കുന്നു ഇതാവൻ മേഘാരൂഢനായി വരുന്നു മുഗലഴകിന്മേൽ ആഘോഷിതനായി എഴുന്നള്ളി വരുന്നു ആകാശമേഹങ്ങളുടെ ശോഭയിന്മേൽ അവൻ വരുന്നു നോക്കാം ഗീതൊന്നും പാടാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മൃദുരേജി പിഴും രാജ മു അപ്പോൾ മറ്റുള്ളവരോ അവരെ വിലപിക്കും അതാണ് വെളിപ്പാടത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതാ ഞാൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും കുത്തിത്തുളച്ചവരും അവനെ കാണും അവനെ മുറിപ്പെടുത്തിയവരോടെ കാണും അവരും അവനെ കാണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഏത് കണ്ണും എല്ലാ കണ്ണും കാണും പക്ഷേ ഒരു കാര്യം ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ബഹുഭൂരിപക്ഷം ജനങ്ങളും വിലപിക്കുന്നവരായിരിക്കും അയ്യോ നഷ്ടപ്പെട്ടു ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ അവസരം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഫിലിപ്പ്യ ലേഖൻ രണ്ടാം അധ്യായത്തിൽ പറയും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും അവനു മുമ്പിൽ മടങ്ങുന്നൊരു ദിവസമുണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന് മുമ്പിൽ മടങ്ങും ഏത് യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുന്നൊരു സമയം വരും അവനെ കുത്തി തുളച്ചവരും യേശു കർത്താവെന്ന് വിളിച്ചു പറയും ദൈവമില്ലായെന്ന് പറഞ്ഞവരും യേശു കർത്താവെന്ന് പറയേണ്ടിവരും ദൈവത്തെ അറിയാതെ ജീവിച്ചവരും യേശു കർത്താവെന്ന് പറയേണ്ടി വരും അനന്തതിയിലേക്ക് നിത്യത്തിലേക്ക് മരണശേഷം കടന്നു ചെല്ലുന്ന നിത്യതയിൽ പ്രിയപ്പെട്ടവരെ അന്ന് കാര്യം നേരെ നേരെയായി നാം കാണും ഇന്ധത്തെ നമ്മുടെ കഴിവുകളോ നമ്മുടെ തന്റേടങ്ങളോ നമ്മുടെ സാമർഥ്യങ്ങളോ നമ്മുടെ കരുത്തുകളോ നമ്മുടെ ധിക്കാരങ്ങളോ ഒന്നും വിലപ്പോവില്ല ഒന്നും അവിടെ ചെലവാകുകയില്ല എന്താണ് അനന്തതിലേക്ക് ആത്മാവ് പറന്നു കഴിഞ്ഞു ശരീരം ഭൂമിയിൽ വിട്ടു പ്രാണൻ പറന്നുപോയി ആത്മാവോ അനന്തയിലേക്ക് നിത്യത്തിലേക്കെത്തി ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അവിടെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ അച്ഛന്മാരെന്നോ അമേനികളെന്നോ ഭേദമില്ല അവിടെ മെത്രാസിനെന്നോ അച്ഛനെന്നോ ഭേദമില്ല അവിടെ സുവിശേഷ പ്രസംഗകനെന്നോ സാധാരണക്കാരായി സുവിശേഷം കേൾക്കുന്ന ആളുകളെന്നോ ഭേദമില്ല ആർക്കും ഭേദമില്ല അവിടെ മുഖപക്ഷമില്ല മുഖപക്ഷമില്ലാതെ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ മുഖപക്ഷമില്ല മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നു അവിടെ ആർക്കും ആർക്കും പ്രത്യേകിച്ചൊരു പരിഗണനയില്ല പ്രത്യേകിച്ചൊരു പരിഗണനയുമില്ല ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ നാം അല്പം ഗൌരവമായി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ് എനിക്ക് ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞവനെന്നുള്ള പ്രത്യേക പരിഗണന കിട്ടാൻ പോകുന്നില്ല ഞാന് എന്റെ ഭർത്താവെ ഞാൻ വയ്യൂ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന ഞാൻ യേശുക്രിസ്തുവിന്റെ വചനത്തിനനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നതെങ്കിൽ അന്ന് ഞാൻ കൈവിടപ്പെട്ടു പോകും എനിക്ക് പേടിയുണ്ട് കാരണം വീരന്മാർ പട്ടുപോയ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് ബലശാലികൾ വീണുപോയ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ കരുത്തന്മാരും മല്ലന്മാരുമായ ധീരപുരുഷന്മാരായ ആത്മീയന്മാർ തകർന്നുപോയ വഴിയോരത്ത് ഞാനിതാ നിൽക്കുകയാണ് തന്നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ വീഴാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട് അവസാനം വരെയും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് മാതാവിനോട് പറയുകയാണ് ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മരണനേരത്തും അപേക്ഷിക്കണമേ എന്നാണ് കാരണം എന്താണ് മരണനേരത്തും അപ്പോൾ പോലും നഗർത്താവെ പിശാജ് ആണിച്ചി കൊണ്ടുപോകാൻ വരും മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിച്ചുകൊണ്ട് പിശാജ് വന്നു മോശ പരമശ്രേഷ്ഠനായ ദീർഘശുമാരി തലവനായ മോശ മരിച്ചപ്പോൾ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് അറിഞ്ഞുകൂട വേദസ്ത പറയുന്നില്ല അവൻ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് അറിയാൻ പാടില്ലെന്നാണ് വേദസ പറയുന്നത് ആവർത്തന അവസാനത്തെ അദ്ദേഹത്തിൽ കാണാം എന്നാൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാൽ അവകാശം പറഞ്ഞു വന്നു മോശയുടെ ശരീരത്തെക്കുറിച്ചോ അതുകൊണ്ടാണ് പിതാക്കന്മാ പ്രാർത്ഥിക്കുന്നത് ശിവസംസ്കാര ശ്രൂഷ്ട്രീ അയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയിൽ നിന്നും ഈ ദാസന്റെ ആത്മാവിനെ വിടുവിച്ചു ഈ അയാറിൽ ഭൂമിക്ക് മീര ഉള്ളതായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ദുഷ്ടാത്മസേനയുണ്ട് ഈ ദുഷ്ടാത്മസേനയാണ് ബാധകൾ വരുത്തുന്നത് ദൈവമല്ല കൊടുങ്കാറ്റുണ്ടാക്കുന്ന ദുഷ്ടാത്മസേനയാണ് ചുഴലിക്കാറ്റുണ്ടാക്കുന്ന ദുഷ്ടാത്മസേനയാണ് നിങ്ങൾ പറയും അവിടെ എയർ വാക്യൂംഡായി അവിടെ അവിടെ ശൂന്യമായി എയർ എയർ പോക്കറ്റ്സ് വന്നു അതുകൊണ്ട് അങ്ങോട്ട് വായു അലച്ചു കയറിയെന്ന് ശാസ്ത്രം അങ്ങനെയൊക്കെ പറയും ആയിക്കോട്ടെ അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ദുഷ്ടാത്മസേനയാണ് കൊടുങ്കാറ്റിലുണ്ടാക്കുന്നത് ദുഷ്ടാത്മസേനയാണ് സുനാമി തിരകൾ ഉണ്ടാക്കുന്നത് വലിയ കടലോളങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ കപ്പൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ വിമാനാപകടങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ബസ് അപകടങ്ങളോ ബൈക്ക് അപകടങ്ങളോ ഉണ്ടാക്കുന്നത് ദുഷ്ടാത്മസേനയാണ് ഏത് പിന്നിൽ ദുഷ്ടാത്മസേനയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവം ഇവന്റെ പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം ആരെയും അങ്ങനെ ഏതെങ്കിലും അപകടത്തേക്ക് വിടുന്നില്ല എന്നാൽ ഓരോ കാര്യവും പിശാബു ചെയ്യുമ്പോൾ അതിൽ കൂടി എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ച് നന്മയിലേക്ക് തിരിക്കാൻ ദൈവം അധ്വാനിക്കുകയാണ് ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ ഉത്സാഹിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ദൈവ സ്നേഹം മാത്രമാണ് ഈ ദുഷ്ടാത്മസേന ഇന്ന് ഓരോ ഭവനത്തിലും വസിക്കുന്നുണ്ട് ഓരോ ഭവനത്തിലും ഞമ്മൾ പറഞ്ഞതായ ഉദാഹരണം ഓർക്കുന്നു നിങ്ങൾക്കറിയാൻ അറിയാൻ പാടില്ലേ നിങ്ങളുടെ വീട്ടിൽ ഓരോ മുറിയിലും പാമ്പ് ഉണ്ടിരിക്കട്ടെ എന്തൊരു പേടിയായിരിക്കും ഓരോ മുറിയിലും പാമ്പ് യു പാമ്പ് നിങ്ങൾ കടന്നു പാമ്പിനെ കണ്ടു പിന്നെ മുറിയിലേക്ക് കയറാൻ പേടിയില്ലേ പ്രിയപ്പെട്ടവരെ അനേകം ഭവനങ്ങളിൽ പാമ്പുകളുണ്ട് ഈ അഴിഞ്ഞു പാമ്പല്ല ആയാറിൽ പതിക്ക് ദുഷ്ടാത്മസേന എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അഴുക്കുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ സണ്ട കൂടുന്നത് എന്തുകൊണ്ടാണ് ഭർത്താവിന്റെ സൗന്ദര്യം പോരാ ആരോഗ്യം പോരാച്ച് വേറെ പുരുഷന്റെ പുറകെ ഒരു സ്ത്രീ പോകുന്നത് ദുഷ്ടാത്മ സേനയാണ് ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ അവൾക്ക് അഴിവില്ല എന്ന് വിചാരിച്ച് വേറെ സ്ത്രീയുടെ പുറകെ പോകുന്നത് ദുഷ്ടാത്മസേനയാണ് പിന്നിൽ വിവാഹത്തിന് മുൻപ് അഴുക്ക് ബന്ധങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത് മൊബൈൽ ഫോണിൽ കൂടിയായിരിക്കാം അതല്ലെങ്കിൽ ഫോൺ കോളിൽ കൂടിയായിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ മെസ്സേജസ് എസ് എം എസ് വിട്ടായിരിക്കാം അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിൽ കയറി അവിടെയുള്ളതായി വൃത്തികെട്ട പടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ സിനിമയിലെ വൃത്തികെട്ട സീനുകൾ കണ്ട് രസിച്ചുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ലേച്ഛമായ കൂട്ടുകെട്ടിൽപ്പെട്ടായിരിക്കാം ഈ എന്തുകൊണ്ടാണത് ദുഷ്ടാത്മസേനയാണ് ഒരു ഭീകര പൈശാചികൻ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിൻ ദുസ്സംശയം വരുന്നത് എന്തുകൊണ്ടാണ് ഭാര്യയ്ക്കും ഭർത്താവ് ദുസ്സംശയം വരുന്നു അതിന് കാരണമെന്താണ് ദുസ്സംശയങ്ങൾ ദുസ്സംശയങ്ങൾ വരുന്നു ഇല്ലാത്ത ചിന്താഗതികൾ വരുന്നു ഇല്ലാത്ത സംശയങ്ങൾ വരുന്നു വെറുതെ അവിശ്വാസം വരുന്നു അവിശ്വാസത്തിന് വേരോടാൻ ഇടം കൊടുത്തിട്ട് അതിനൊക്കെ തെളിവ് കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതെല്ലാം പറഞ്ഞു പോയാൽ പഠിക്കാനുള്ള കാര്യത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ പക്ഷെ പറയാതിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങളുടെ സ്ഥിതി എന്താണ് കൂട്ടായ്മയിൽ വരുന്നുണ്ടെങ്കിലും പരസ്പരം ഐക്യമുണ്ടോ പരസ്പര സ്നേഹമുണ്ടോ ഈ ബാധ ബാധ എന്ന് പറയുന്നത് അതാണ് ബാധ പരസ്പര സ്നേഹമില്ല പരസ്പരം വിട്ടുവീഴ്ച മനോഭാവമില്ല പരസ്പരം ക്ഷമിക്കാൻ മനസ്സില്ല പരസ്പരം താഴാ മനസ്സില്ല മനസ്സില ഭർത്താവൊന്ന് പറഞ്ഞാൽ പത്ത് പറയും ഭാര്യ അവൾ പത്ത് പറയുമ്പോൾ ഇവൻ മോശക്കാരനാകരുതല്ലോ അവൻ വിട്ടു കൊടുക്കില്ല അവനും പറയാൻ തുടങ്ങും ചണ്ടയം കൂടുകയായി തർക്കം ഏതാരോ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു ഞങ്ങളുടെ വീടൊരു കോടതി മുറിയാണെന്ന് കോടതി മുറിയാണെന്ന് വീട് അദ്ദേഹം പറഞ്ഞത് വീടിലെ കിടപ്പ് മുറി ഒരു കോടതി മുറിയാണെന്ന് വക്കീലന്മാർ വാദിക്കുന്ന പോലെ വാദം തർക്കമാണ് എന്താ കാരണം പിശാജാണ് ഒരു ദുരാത്മാവാണ് ഒന്നല്ല അനേകം ദുരാത്മാക്കൾ സാത്താനിങ്ങനെ കടിപിടി കൂട്ടിയിട്ട് ചിരിക്കുകയാണ് അവൻ ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് മുളയെ നിന്നി അഴുക്ക് ബന്ധങ്ങളിലേക്കൊണ്ടുപോയിട്ട് പിശാജ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുനി നിന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മധ്യത്തിലേക്കോ പഞ്ചാബിലേക്കോ അതല്ലെങ്കിൽ വേണ്ടാത്ത വസ്തുക്കൾ ലഹരി മരുന്നുകളിലേക്കോ എന്നെ കൊണ്ടുപോയിട്ട് അവൻ കൈകൊട്ടിച്ചിരിക്കുകയാണ് കൂട്ടുകാര് പിശാചുക്കളുടെ കൂട്ടുകാർ കൂടി ചിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി വഴക്കുകൂടുകയാണ് പക്ഷേ ആ ഭാര്യയുടെ ഉള്ളിലും ഭർത്താവിന്റെ ഉള്ളിലുള്ള പിശാചുക്കൾ പരസ്പരം ചിരിക്കുകയാണ് സന്തോഷമാണ് അവരും വഴക്കുകൂടുകയാണ് പ്രിയപ്പെട്ടവരെ കേൾക്കൂ ഈ ദുഷ്ടാത്മസേന എന്തിന് ക്രിസ്തുവിന്റെ വരവിന് ഒരുങ്ങുന്ന പാവപ്പെട്ട മനുഷ്യനെ തകർത്തുകളയുവാനും അവൻ നിത്തി നരകത്തിലേക്ക് തള്ളിയിടുവാനും ദുഷ്ടാത്മസേനയെ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവനങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ലജ്ജയില്ല ഒരിക്കലും തോച്ചാലും അവൻ പുറകോട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഭയത്തോടി ക്കണം അതാണ് വേദവസ്തം പറയുന്നത് എപ്പോഴും ഭയത്തോടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പേടിച്ചു പേടിച്ചിരിക്കണമെന്നല്ല ഏത് സമയത്ത് ഞാൻ വീഴാവുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നാളെയാൻ നിൽക്കണമെന്നില്ല സ്തോത്രം ഇന്ന് കർത്താവിന്റെ കൃപയാൽ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധി അനുഭവിച്ചു നിൽക്കുന്നുവെങ്കിൽ തന്നെയും നാളെ അത് ഇങ്ങനെ ആകണമെന്നില്ല സമയത്തും തകട് മറിഞ്ഞു പോകാം സമയത്തും വീണുപോകാം നിങ്ങൾ ഭയപ്പെടാനല്ല പറയുന്നത് ആ ഒരു കരുതൽ നിങ്ങൾക്ക് വേണം ജോലി അലസ്ത വരുത്തുന്നവരുണ്ട് ജോലിയിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നവരുണ്ട് ജോലി അത്യുത്സാഹത്തോടെ നിൽക്കേണ്ടതിന് പകരം അലസമായി വളരെ വളരെ വളരെ മടിപിടിച്ച് പേരിന് ജോലി ചെയ്യുന്നു ശമ്പളത്തിന് ജോലി ചെയ്യുന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് അവരവരുടെ ജോലിയെ കുറിച്ചുള്ളതായ അഭിമാനവും ജോലിയെ കുറിച്ചുള്ളതായ ജോലിയെക്കുറിച്ചുള്ളതായി ഗൌരവബോധമുള്ളവരായിട്ട് ജോലി ചെയ്യുന്നവരെ അവര് ദൈവസിലെ പ്രസാദയോഗ്യരായിത്തീരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബോധ്യപ്പെടട്ടെ ഞാന് അത് സന്തോഷത്തോടെ പറയും ില് ഞാൻ മുപ്പത്തിമൂന്ന് കൊല്ലം ജോലി ചെയ്തു മുപ്പത്തിമൂന്ന് കൊല്ലം അറുപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ദൈവത്തിന് സ്തോത്രം കരണിയുള്ള കർത്താവിന്റെ കൃപയാൽ ഒരവസരത്തിൽ പോലും ഒഴപ്പം പറ്റിയിട്ടില്ല കുഴപ്പം തോന്നിയിട്ടില്ല കുഴപ്പം വന്നിട്ടില്ല ദൈവത്തിന് സ്തോത്രം ഈ കോളേജില് സൂപ്രണ്ടായി റെക്ടർ ചെയ്ത കെ എ പക്ഷേ നാളെ സാക്ഷ്യം പറയും കെ സൂപ്രണ്ടായിരുന്ന കാലത്ത് അതിനുമുമ്പ് ക്ലർക്കായിരുന്ന കാലത്ത് അക്കൌണ്ടന്റായിരുന്ന കാലത്ത് എല്ലാം എനിക്കറിയാം വളരെ എണസ്റ്റായിരുന്നു ജോലിയിൽ ജോലിയിൽ അത്യുത്സാഹി ആയിരുന്നു ഇവിടെ കോളേജിലെ ജോലി ചെയ്യുന്ന അനേകം പേരോട് എരിപ്പുണ്ടായിരിക്കും കോളേജിൽ സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവര് മിസ്റ്റർ കെ എമ്മത്തായി വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നു ഏറ്റവും ഉത്തരവാദിത്വബോധത്തോടെ ജോലി ചെയ്തിരുന്നു പറഞ്ഞാൽ ഞാൻ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന കാലത്ത് എന്റെ വലം കയ്യായിരുന്നു മത്തായി ഓഫീസിന്റെ മുഴുവൻ ചാർജുമുള്ള മത്തായി വാസ്തവത്തിൽ എന്നെ അതുപോലെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് അത്രയെങ്കിലുമൊക്കെ അവിടെ പിടിച്ചു വെച്ച് നിൽക്കാൻ പറ്റിയത് ജൈവത്തിന് സ്തോത്രം നോട്ടീസ് സ്റ്റാഫ് മുഴുവൻ തന്നെ എനിക്ക് വലിയ പിൻബലമായിരുന്നു വലിയ സഹായമായിരുന്നു വളരെ ആത്മാർത്ഥതയുള്ള അനേകം പേരെ നോട്ടീസ് സ്റ്റാഫിലുണ്ടായിരുന്നു അതിലെ മുൻപന്തിയിലുള്ള ഒരാളാണ് ഇപ്പോൾ ഈ കൺവെൻഷന്റെ കാര്യത്തിനു ഓടി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ബെന്നി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പിന്നി എനിക്ക് വലിയ തുണയായിരുന്നു വലിയ സഹായിയായിരുന്നു ഏറ്റവും വലിയ സഹായമായിരുന്നു ജോലിയിൽ വിശ്വസ്തത ഇതിനെല്ലാം കെണി വരിക്കണിവയ്ക്കാൻ വിശാചുക്കൾ വരും ഓർക്കുക മുനെ നിന്നെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയത് ആരാണെന്ന് നിനക്കറിയാമോ നിന്നെ ചില വിളിച്ചതാണ് ശരി നീ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെയും പോകാനിടയായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു കൂട്ടം ദുരാത്മാക്കൾ നിന്നെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു പിടിച്ചു വലിച്ചു അഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു നിന്നെ ഒരുവിധത്തിലും വിടുകയില്ല എന്നുള്ള തീരുമാനത്തോടെ കൊണ്ടുപോവുകയായിരുന്നു മോളെ നിന്നെ അഴുക്കിലേക്ക് തിന്മയിലേക്ക് വഴക്കിലേക്ക് പിണക്കത്തിലേക്ക് അമ്മായിയമ്മ പോരിലേക്ക് അല്ലെങ്കിൽ മരുമോളോടുള്ളതായ നീരസത്തിലേക്ക് നാത്തൂൻ പോരിലേക്കെല്ലാം നിന്നെ കൊണ്ടുപോയത് ആരാണെന്ന് നിനക്കറിയാമോ എല്ലാം പിശാചുക്കളാണ് ദുരാത്മാക്കളാണ് ഈ ദുരാത്മാക്കളുടെ പരാജയത്തിന്റെ കഥയാണ് വെളിപ്പാട് പുസ്തകം സ്ത്രോത്രം അത് പറയാന് ഇത്രയും പറഞ്ഞു തന്നത് ദുരാത്മാക്കളുടെ അന്തിമ പരാജയത്തിന്റെ പുസ്തകം അന്തിമ പരാജയം വരും അവസാനവൻ തോൽക്കും വെളിപ്പാട് പുസ്തകത്തിന്റെ രണ്ടാമധ്യായത്തിൽ ഏഴ് പ്രാവശ്യം ജയാളികൾ പറയും ജയശാലികൾ എന്ന് പറയും ജയിക്കുന്നവൻ എന്ന് പറയും ഏഴ് പ്രാവശ്യം പറയുന്നുണ്ട് വെളിപ്പാടപുസ്തത്തിന് സന്ദേശം ഒന്നതാണ് ജയശാലികളാണ് അവൻ മേഘാരൂഢനായി വരുമ്പോൾ അവനെതിരേൽക്കുന്നത് ജയശാലികളായി നിൽക്കുക ജയിക്കുന്നവരായി നിൽക്കുക ഏഴ് പ്രാവശ്യ വാക്കുകയാണോ ജയശാലികൾ ജയാളികളായി നിൽക്കുക ദൈവത്തിന് സ്ത്രോത്രം ജേതാക്കൾ എന്ന് പറയും നല്ല ഭാഷ ജേതാക്കൾ ജയശാലികൾ ജയശാലികളായി നിൽക്കുക ചോദിക്കട്ടെ നമുക്ക് ജയമാണോ പരാജയമാണോ ഇതുവരെയുള്ള ജീവിതത്തിൽ അത് അത് ജയമല്ല പരാജയമാണ് സാറേ അത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് നിരാശയുണ്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ പരാജയമേ പറയാനുള്ളൂ സ്തോത്രം ഒന്ന് ചിന്തിക്കേ നിങ്ങൾ എവിടെ ജയിച്ചു നിങ്ങൾ തന്നെ തന്നെ കണക്കൂട്ടി നോക്കി എവിടെയെങ്കിലും ഇവിടുത്തെ ജയിച്ച കാര്യം ഓർത്ത് നോക്കി എവിടെ ജയിച്ചു വേണ്ട നിങ്ങളുടെ തന്നെ സ്വന്തം ശരീരത്തിലേക്ക് നോക്ക് ഏത് അവയവത്തിലാ നിങ്ങൾക്ക് ജയമുള്ളത് ഏത് അവയവത്തിലാ നിങ്ങളുടെ നിങ്ങളുടെ അവയ നിങ്ങൾക്കൊരു നിയന്ത്രണം കിട്ടിയിട്ടുള്ളത് ഏത് അവയവത്തിലാണ് നാവിലോ ഉണ്ടോ സംസാരത്തിൽ നിയന്ത്രണമുണ്ടോ നോട്ടത്തിലോ കണ്ണിലോ നിയന്ത്രണമുണ്ടോ നിങ്ങളുടെ കൈയിലോ കൈ തൊടുന്നത് കൈ എഴുതിയത് കൈ പിടിച്ചത് കൈ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് ചെയ്യരുതാത്തത് ചെയ്തത് ഓരോന്ന് ചിന്തിക്കണം എവിടെ ജയമുണ്ട് ജയം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് സ്തോത്രം നമ്മൾ ചിന്തിക്കേണ്ടത് അതൊക്കെയാണ് ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓരോന്നോരോ നിങ്ങളുടെ പരാജയത്തിന്റെ കഥകളാണ് നോക്കേണ്ടത് ഓരോ പരാജയവും ക്രിസ്തുവിന്റെ ക്രൂസ് ചൂടിലേക്ക് കൊണ്ടുപോകുന്നുവെ കർത്താവേ ഇത് ഞാൻ ഇവിടെ താഴെ വെച്ചിരിക്കുകയാണ് ഇനി പരാജയ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ പോകില്ല ഞാൻ ജയശാലിയായി എഴുതേൽക്കും ഇതാണ് തീരുമാനം ഇനി ഞാൻ തോൽവി അടഞ്ഞ എഴുന്നേൽക്കില്ല ഇനിയുള്ള ഒരു സ്റ്റെപ്പ് പോലും തോൽവിയുടെ സ്റ്റെപ്പല്ല ഇനിയുള്ള ഓരോ സ്റ്റെപ്പും ജയത്തിന്റെ സ്റ്റെപ്പുകളാണ് ജയത്തിന്റെ ചൂട്ടടികളാണ് കർത്താവെ ഇനി മുന്നോട്ട് ജയത്തിന്റെ പാതയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ സ്ത്രോത്രം അന്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവരില്ലേ സമർപ്പണം ഒരിക്കലും എടുത്തതിനുശേഷം പിന്നെ പുറകോട്ട് പോയവരില്ലേ ഒരിക്കൽ സമർപ്പണെടുത്ത കാലത്ത് എന്തൊരു തീയായിരുന്നു പിന്നെ ജയ് ജയി ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഇവര് സന്തോഷം തോന്നി ആദ്യ സ്നേഹത്തിൻ ലഹരിയിൽ നിൽക്കുകയാണ് ആദ്യ സ്നേഹത്തിൻ ലഹരി അതൊരു ലഹരിയാണ് എന്താ നിങ്ങൾ വല്ലൊരു ആദ്യസ്നേഹം അനുഭവിച്ചവരല്ലേ ആ മാനസതാന്തരം കിട്ടിയ സമയത്ത് തന്നെ ആ എന്തൊരു ചുണക്കുട്ടികളായിരുന്നു നിങ്ങൾ ആത്മാവിൽ ജീവൻ കിട്ടി ബന്ധനമഴിഞ്ഞ് പാവം മാറി സ്വഭാവം മാറി എന്തൊരു സന്തോഷമായിരുന്നു എക്സസി ഓഫ് ജോയ് എന്ന് പറയും സന്തോഷത്തിന്റെ തികവ് ആ എക്സസിന്നുണ്ടോ തണുത്തിരിക്കുന്നു അല്ലേ തണുത്തുപോയി ചൂടുണ്ടായിരുന്നു തണുത്തുപോയി പിന്നെയും ഇറങ്ങിപ്പോയ പിശാജ് വേറെ ഏഴെണ്ണത്തേക്കൂടി കൂട്ടിക്കൊണ്ടു വന്നു വിട്ടുപോയ പിശാജ് വേറെ ഏഴെണ്ണത്തേക്കൂടെ കൊണ്ടുവന്നു ദൈവത്തിന് സ്തോത്രത്തിൽ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇന്ന് ചിന്തിക്കണം കർത്താവെ ഒന്നും പഠിച്ചിരുന്നെങ്കിലും വേണ്ടില്ല എന്റെ മേൽ വ്യാപരിക്കുന്ന വാതകളെല്ലാം മാറിയിട്ട് എനിക്കിന്ന് ഒന്ന് മടങ്ങി വരണം യേശുവെ എനിക്ക് യേശുവിനിൽ സന്തോഷിക്കുന്ന ഒരു ജയശാലിയായിരിക്കും മാറണം കർത്താവെ നീ എനിക്കതിനുള്ള കൃപ തരണം അതിനുള്ള ഭാഗ്യം തരണം ഇതുവരെ തോൽവിയാണ് നേടിയതല്ല എന്തിന് ശവക്കുഴിക്ക് ഇപ്പുറത്തേക്ക് മാത്രം ഇങ്ങോട്ട് മാത്രം ശവക്കുഴിക്ക് അപ്പുറമോ ഒന്നും നേടിയില്ല ശവക്കുഴിക്ക് അപ്പുറം മരണത്തിനപ്പുറം മരണവാതിലിന്റെ അപ്പുറം എന്ന് നേടി എന്ത് നേടി സ്വർഗത്തിൽ അതൊരു സ്ഥലമെന്ന് ഞാൻ പറയട്ടെ ഒരിഞ്ച് സ്ഥലം നിങ്ങൾ നേടിയോ സ്വർഗത്തിൽ ഒരിഞ്ച് സ്ഥലം നേടിയോ ഭൂമിയിൽ സെന്റുകൾ സെന്റുകൾ ഏക്കറുകൾ നേടി ശരി സ്വർഗത്തിൽ എത്ര സെന്റ് നേടി അവിടെ സെന്റ് കണക്കുന്നുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത് എന്റെ ദൈവത്തിന്റെ സ്തോത്രം യേശു ഭവനം പണിയുന്നത് നിനക്ക് വേണ്ടിയും പഠി പഠിതുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ആ ഭവനം നീ പൊളിച്ചു വളർന്നുകൊണ്ടിരിക്കല്ലേ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീട് പണിയാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും കർത്താവ് പണിയുന്നു ഭൂമിയിലെ മനുഷ്യൻ പിഷാദിന്റെ തുണയോടുകൂടി അത് പൊളിച്ചു കളയുന്നു അല്ലേ ജയമുണ്ടായിരുന്നവരെ ആരെല്ലാം കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് അതിലെത്ര പേർക്ക് തോൽവി പറ്റി വേറെ ആരുടെയും കാര്യം നിങ്ങൾ നോക്കണ്ട എന്റെ കാര്യം എന്ത് ഞാൻ എന്തിനാണ് ജയിച്ചത് എന്റെ ഏത് അവയവത്തിലാണ് എനിക്ക് ജയം കിട്ടിയത് എന്റെ സംസാരത്തിൽ എന്റെ പെരുമാറ്റത്തിൽ എന്റെ ഇടപാടുകളിൽ എന്റെ പണ ഇടപാടുകളിൽ എന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എന്റെ ജോലിയിലെ വിശ്വസ്തതയിൽ എവിടെ എനിക്ക് ജയമുണ്ട് എന്റെ സത്യസന്ധതയിൽ ദൈവത്തിന് സ്തോത്രം അന്യായമായും അവിഹിതമായും പത്ത് പൈസ കയ്യിൽ വന്നിട്ടുണ്ടോ പരാജയപ്പെട്ടു അന്യായമായും അവിഹിതമായും പത്ത് പൈസ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ പോയി അപകടം പറ്റി ദൈവത്തിന് സ്തോത്രം എന്റെ ഈ ശരീരം ക്രിസ്തുവിന്റെ ഭവനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പ് ഭവനമാണ് ഈ ഭവനത്തിൽ അന്യൻ കടക്കാൻ ഇടയായിട്ടുണ്ടോ വിശാവി തൊടാനിടയായിട്ടുണ്ടോ ചിന്തിക്കണം ദൈവത്തിന് സ്തോത്രം ജയശാലികളായി മാറണം ജയശാലികളാണ് അവൻ മേഘാരൂഢനായി വരുമ്പോൾ അവനെ എതിരൽക്കുന്നത് ഏത് കണ്ണും അവനെ കൊത്തി തുളച്ചവനെ കാണും ഭൂമിയിലെ സകല ചൊല്ലി വിലവിക്കും ഗോത്രങ്ങൾ ഗോത്രങ്ങൾ വിലവിക്കും എല്ലാ ഗോത്രങ്ങളും വിലവിക്കേണ്ടി വരും എന്തുകൊണ്ട് അവനുവേണ്ടി ഒരുങ്ങിയില്ലല്ലോ ജയശാലി ആയില്ലോ കാലങ്ങളെല്ലാം തീർന്നു തീർന്നുപോയി ഡോക്ടർ സി എം ജോർജ് സാക്ഷി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞു നല്ല നല്ല കാലങ്ങൾ തീർന്നുപോയി എന്ന് നല്ല നല്ല കാലങ്ങൾ തീർന്നുപോയി തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കളി നിന്നു വെട്ടുകളി ശേഷിപ്പിച്ചത് വീട്ടിൽ നിന്നു വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പൊഴു നിന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാണ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസം മുൻപ് അവർ വലിയ തീരുമാനം എടുത്തു നന്നായി ഇനി നഷ്ടമേല്ല ഇനി ലാഭമേ ഉള്ളൂ തീരുമാനിച്ചു എത്ര ലേറ്റായാലും നിങ്ങൾ തീരുമാനിക്കൂ വൈ എന്ന് നിങ്ങൾക്ക് തോന്നും സംശയിക്കണ്ട വൈകി വൈകി സാരമില്ല മോനെ താമസി പോയി പേടിക്കണ്ട നിരാശപ്പെടണ്ട ഇന്ന് നിനക്കൊരു തീരുമാനമെടുക്ക കർത്താവേദി മേഘാരൂഢനായി വരുമ്പോൾ നിന ഇതിലേൽക്കുന്ന ജയാളികളുടെ കൂടെ ഞാനും നിൽക്കട്ടെ സ്തോത്രം അങ്ങനെയുള്ള തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ടോ കർത്താവെ നീ ജയശാലിയായി വരുമ്പോൾ നീ മേഘാരൂഢനായി വരുമ്പോൾ നീയ വീണ്ടെടുക്കാനായി വരുമ്പോൾ നീയ നൈവാൻമാരെ സ്വീകരിക്കാൻ വരുമ്പോൾ വിശുദ്ധന്മാരെ കൈക്കൊള്ളാൻ വരുമ്പോൾ കർത്താവെ ഞാനും ഒരു ജയാളിയായതിനെതിരേൽപ്പാൻ എനിക്ക് ഇടവരണമേ സ്നേഹിതരെ ഇത് സംഭവിക്കും കർത്താവ് വരും യേശുക്രിസ്തു വീണ്ടും വരും വെളിപ്പാട് പുസ്തകത്തിന്റെ ആഗമാന സന്ദേശം അതാണ് അവൻ മേഘാരൂടനായി വരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നോക്ക് കാണാം ഒന്നിന്റെ പത്തൊമ്പത് വായിക്കാം വെളിപ്പാട് പുസ്തകത്തിന്റെ കീ വേഴ്സ് ആണത് നാല് വാക്യമാണത് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കയറിക്കേണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക മൂന്ന് കാര്യങ്ങൾ നീ കണ്ടത് ഇതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ളതായ കാര്യം ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യം ദൈവത്തിന് സ്തോത്രം നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എഴുതുക ഒന്നാമത്തെ അധ്യായം നീ കണ്ടത് രണ്ടു മൂന്നു അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്നത് അത് നാലാമത്തെ അധ്യായം മുതല് ഇരുപത്തിരണ്ടാം അധ്യായം വരെ ഒന്നാമത്തെ അധ്യായം അത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ മാത്രം പറയുന്നതാണ് ക്രിസ്തുവിനെ മാത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ളതായ റവലേഷൻ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുന്നതായ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് നീ കണ്ടത് ഒന്നാമത്തെ അധ്യായത്തിൽ അപ്പോ കണ്ട കാര്യങ്ങളാണ് യോഹന സ്നേഹ കണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായവും ചേർത്ത് ക്രിസ്തുവിന്റെ സഭയെ പറയുന്നത് ക്രിസ്തുവിന്റെ സഭ ഒന്നാമത്തെ അധ്യായം ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാട് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ളതായ വെളിപ്പാട് നാലാം അധ്യായം മുതൽ ഇരുപത്തി അധ്യായം വരെ ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് ശ്രദ്ധിക്കൂ ഒന്നാം അധ്യായം ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള വെളിപ്പാട് രണ്ടും മൂന്നും അധ്യായങ്ങൾ ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചുള്ള വെളിപ്പാട് നാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം വെളിപ്പെടുത്തിത്തരികയാണ് എന്താണ് ക്രിസ്തു ആരാണ് ക്രിസ്തു ക്രിസ്തു ആരാണ് എന്താണ് ക്രിസ്തു ക്രിസ്തുവിനെ തന്നെ തന്നെ വെളിപ്പെടുത്തരികയാണ് അവൻ ഒരേ സമയത്ത് രാജാവാണ് അതേസമയത്തൻ പ്രവാചകനാണ് അതേസമയത്ത് അവൻ പുരോഹിതനുമാണ് രാജത്വം പൌരോഹിത്യം പ്രവാചകത്വം പ്രവാചകൻ പുരോഹിതൻ രാജാവ് ഒരേ സമയത്ത് അവൻ നല്ല ഇടയനാണ് അതേസമയത്തിനൻ വലിയടയനാണ് അതേസമയത്ത് അവൻ ശ്രേഷ്ഠയടയനാണ് ഒരേ സമയത്ത് അവൻ പ്രത്യക്ഷനായവനാണ് അതേസമയത്ത് തന്നെ അവൻ പ്രത്യക്ഷനാകുന്നവനാണ് അതേസമയത്ത് തന്നെ അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നവനാണ് പ്രത്യക്ഷനായി പ്രത്യക്ഷനാകുന്നു പ്രത്യക്ഷനാകും നല്ല ഇടയൻ വലിയടയൻ ശ്രേഷ്ഠ ഇടയൻ പ്രവാചകൻ പുരോഹിതൻ രാജാവ് ദൈവത്തിന് സ്തോത്രം ഓർക്കുമോ ഇല്ലല്ലേ ഓർക്കാൻ വിഷമമായിരിക്കും ഇതല്ല എളിപ്പാട് ഒന്നാം അധ്യായത്തിലുണ്ട് ഒന്നാം അധ്യായത്തിലുണ്ട് നമുക്ക് നോക്കാം ഒന്നാം അധ്യായം ആറാം വാക്യം വഹിക്കാം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ പിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്ഥവനും ആയവന് എന്നേക്കും മഹത്വം ദൈവത്തിന് സ്തോത്രം നമ്മെ രാജ്യമാക്കിയവൻ അതിനകത്ത് തൊട്ട് മുമ്പ് അഞ്ചാം വാക്യം വായിക്കാം ും ഒന്ന് വിശ്വസ്തസാക്ഷി പ്രവാചകൻ മരിച്ചവരിൽ ആദിജാതൻ പുരോഹിതൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി രാജാവ് പ്രവാചകനായി ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു ഇന്ന് പുരോഹിതനായി ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ വാഴുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥ കാണച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പുരോഹിതനായി വാഴുന്നു നാളെ രാജാവായി വരും രാജാധിരാജാവായി വരും മുൾമുളിയേറ്റ് കടന്നുപോയവൻ രാജഗിരിയിടം ചൂടി മടങ്ങിവരും തേജസ്സിന്റെ വസ്ത്രമണിഞ്ഞൂടി മടങ്ങിവരും ഇന്ന് അടിയേറ്റ് നിന്നയേറ്റ് പഴിയേറ്റ് ദുഷിയേറ്റ് ആക്ഷേപമേറ്റ് അവമാനിതനായി നിന്ദിതനായി ശാവയോഗ്യെ പോലെ പാപമാക്കപ്പെട്ട് കടന്നുപോയവൻ അവൻ ഭരിക്കാനുള്ള അധികാര ദണ്ടുമായി മടങ്ങിവരും അവൻ കിരീടമണി ചക്രവർത്തിയായി മടങ്ങിവരും അവൻ രാജാവിധി രാജാവായി മടങ്ങിവരും വിശ്വസ്ത സാക്ഷി പ്രവാചകൻ പുരോഹിതൻ മാത്രമല്ല രാജാവ് പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ് വിശ്വസ്ത സാക്ഷി ാദൻ ഉയർത്തെഴുന്നേര് ജീവിക്കുന്നു മരിച്ചവരിൽ ആദ്യാതൻ അതാണ് പുരോഹിതൻ മൂന്നാമത്തേത് ഭൂരാജാക്കന്മാർക്ക് അധിപതി ദൈവത്തിന് സ്തോത്രം അത് നിങ്ങൾക്ക് മനസ്സിലായാലും തോന്നുന്നു അല്ലേ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നല്ല ഇടയിനെ കുറിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഉയർത്തുന്നേര് ജീവിക്കുന്ന ക്രിസ്തു വലിയ ഇടയിനെ കുറിക്കുന്നു ഇരുപത്തിനാലാം സങ്കീർത്തനം ശ്രേഷ്ഠടേനെ കുറിക്കുന്ന ക്രിസ്തു വീണ്ടും വരുമെന്ന് കാണിക്കുന്നു മൂന്ന് സങ്കീർത്തനം അടുത്തെടുത്ത് ഒന്നൂർ കേൾക്കൂ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അത് നല്ല ഇടനെ കുറിക്കുന്നു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിടാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു നല്ലയിടീർത്തനം ആടുകളുടെ വലിയടനായകർത്താവായ ശിവനെ മരിച്ചടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം ആടുകളുടെ വലിയടനായകർത്താവായ ശിവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും അടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം ഉയർത്തൽ നേരിട്ട് ജീവിക്കുന്ന ക്രിസ്തു പുരോഹിതനായ ക്രിസ്തുമൂന്നാം സങ്കീർത്തനം വലിയ സങ്കീർത്തനം ശ്രേഷ്ഠ ശ്രേഷ്ഠടയം പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും കുറെയേറെ ആശയങ്ങൾ ഞാൻ ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് മുഴുവൻ മനസ്സിലാകുന്നുണ്ടാവില്ലേ അല്ലേ സാരമില്ല സാരമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് തോന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും വലിയ ജ്ഞാനമൊന്നും വേണമെന്നില്ല വലിയ ജ്ഞാനം വേണമെന്നില്ല ഈ ഒന്നാം അധ്യായത്തിൽ തന്നെയുണ്ടത് എന്താ വേണ്ടത് ആകെ വേണ്ടത് അവനെ ആരാധിക്കുക അഭ്യസിക്കുക വലിയ അറിവ് വേണമെന്നില്ല വെളിപ്പാട് വലിയ അറിവ് വേണമെന്നില്ല വിശുദ്ധിയിൽ അവനെ ആരാധിക്കുന്നവർ മാത്രമേ അവനെ അവനെ അവൻ്റെ വരവിൽ എതിരേൽക്കാൻ പറ്റുകയുള്ളൂ വിശുദ്ധിയിൽ ആരാധിക്കുക പഠിക്കുക ആരാധന എന്ന് പറയുന്നത് വെറുതെ സ്തുതി സ്തുതി എന്ന് പറയുന്നതല്ല പ്രൈസിലോട് പ്രൈസിലോടെന്ന് പറയുന്നതല്ല ഹാലലിയ ഹാലലിയ എന്ന് പറയുന്നതല്ല ആരാധന ഹൃദയത്തിൽ നിന്നാണ് സത്യത്തിന്റെ ആരാധനയാണത് അത് ആത്മാവിന്റെ ആരാധനയാണ് ആത്മാവിൽ ആരാധന ആരാധന എങ്ങനെയാണ് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നല്ലോ ആരാധന എങ്ങനെയാണ് അത് വിടുതലുള്ളവരാണ് ആരാധിക്കേണ്ടത് ബന്ധനൊഴിഞ്ഞവരാണ് ആരാധിക്കേണ്ടത് കർത്താവെ എന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ കർത്താവ എന്റെ ഹൃദയത്തിനെ സ്തുതിക്കാൻ യോഗ്യമാകാൻ കർത്താവേ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണം ഭൂതങ്ങളുടെ കാരാഗ്രഹത്തിലാണ് അനേകർ പിശാദിന്റെ കാരാഗ്രഹത്തിലാണ് അനേകര് പാപത്തിന്റെ ചൊൽപ്പടിയിലാണ് അനേകര് പാപത്തിന്റെ അടിമത്വത്തിലാണ് അനേകർ മദ്യത്തിൻ്റെ അടിമകളാണ് അനേകർ വ്യഭിചാരത്തിന്റെ അടിമകളാണ് അനേകരെ അഴുക്ക് ബന്ധങ്ങളുടെ അടിമകളാണ് പ്രിയപ്പെട്ടവർ അനേകർ കോപത്തിന്റെ അടിമകളാണ് കോപം കോപം ഭയങ്കരമായ കോപം ഒരു ക്വസ്റ്റിനെ വിളിച്ചു പാവം അവൻ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നു സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എവിടുന്നാണോ ഞാൻ മറന്നുപോയി ഞാൻ അറിയുന്ന കൊച്ചല്ല ഓൻ പറഞ്ഞു ഏത് ക്ലാസ്സിലവിടെ എനിക്ക് ചോദിച്ചപ്പോൾ സ്കൂളിലാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒമ്പതാം ക്ലാസ്സിൽ പത്തിലോ മറ്റാണെന്ന് തോന്നുന്നു പത്തിലാണെന്ന് തോന്നുന്നു അല്ല അന്നേരം വിശദമായിട്ട് പറഞ്ഞതാണ് ഞാൻ അതൊക്കെ മറന്നുപോയ പക്ഷെ കൊച്ചൻ പറഞ്ഞ കാര്യം മനസ്സിൽ നിന്ന് പോയിട്ടില്ല സാറെ എനിക്കേണ്ടി പ്രാർത്ഥിക്കണം എന്താ മനി പ്രാർത്ഥിക്കേണ്ടത് സാറേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അയ്യോ അതെന്ത് പറ്റി എപ്പോഴും വീട്ടിൽ വഴക്കാണ് അപ്പൻ മദ്യപിച്ച് സുബോധമില്ലാതെന്ന് അമ്മയെ ഉദ്രവിക്കും കഠിനമായി മർദ്ദിക്കും അമ്മ കരച്ചു തുടങ്ങും ഞങ്ങൾ പിള്ളേരെ എങ്ങനെ കണ്ട് സഹിക്കും അത് കണ്ടുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇന്ന് വായിക്കും പഠിക്കാൻ പറ്റുന്നില്ല സാറേ മദ്യം കുടിക്കാത്ത ദിവസം അപ്പന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് നല്ല സ്നേഹമുള്ള അപ്പനാണ് നല്ല ഹൃദയമുള്ള ആളാണ് പക്ഷേ കുടിച്ചു കഴിയുമ്പോൾ പിശാചായി മാറുകയാണ് സാറേ ഒന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രണം ഈ ഒരാഴ്ചക്കകം കുറഞ്ഞത് ഒരാറ് പ്രാവശ്യമെങ്കിലും ഒരു സ്ത്രീ വിളിച്ചു ഈ നാട്ടിലൊന്നും അല്ലെന്ന് തോന്നുന്നു ഈ നാട്ടിലല്ല ദൂരം കണ്ടെന്നാ ആ സ്ഥലം ആ പറഞ്ഞ സ്ഥലം പോലും എനിക്ക് പിടി കിട്ടില്ലാത്ത സ്ഥലമാണ് ഞാൻ ചോദിച്ചത് എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ചില ഞാൻ എനിക്ക് ഞാൻ കേട്ടില്ലാത്തൊരു സ്ഥലമാണ് കേരളത്തിൽ തന്നെയാണെന്നാ പറഞ്ഞത് ശ്രീ പറഞ്ഞത് സാറേ എനിക്ക് ഒരു സമാധാനമില്ല എന്റെ ഭർത്താവ് മദ്യപിച്ചു വന്ന് ബഹളമയ്ക്കും പിന്നെ എന്താ ചെയ്യുന്നതിന് സുബോധമില്ല മോള് പ്രായമായി വരുന്നു എന്റെ മോള് പ്രായമായി വരുന്നു സാറേ എന്റെ മോളാണെന്നോ ഒന്നും ഒരു ചിന്താദ്ദേഹത്തിന് ഇല്ല സുബോധമില്ലാത്തതുപോലെ പെരുമാറുന്നു സുബോധമില്ലാത്തതുപോലെ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോയി മോചനമോദനായി പാവികളെ വരുവീനിജിപ്പിക്കുന്നു പാടും ഇല്ലേ അതൊക്കെ പാടിക്കോളും അതിന് അച്ഛന്മാർക്ക് വിരോധമില്ല നല്ലതാ ഭക്തന്മാർ വരുന്നു പ്രാർത്ഥിക്കുന്നു പാടുന്നു നന്നായിട്ട് നല്ല ഈണത്തിൽ പാടും ഇല്ലേ നല്ല ഈണത്തിൽ പാടും സുറിയാനിൽ വേണമെങ്കിൽ പാടും നല്ല മനോഹരമായി നല്ല ഇമ്പത്തിൽ പാടും അയ്യോ നല്ല സഭാഭക്തൻ കേസിന്റെ കാര്യത്തിലാണെങ്കിൽ തല്ലാൻ പോകാനും മടിയില്ല കാരണം ഇത് കുടിച്ചു കഴിയുമ്പോൾ പിന്നെ നല്ല വീര്യമല്ലേ ക്ഷമിക്കണം അപ്പൊ വേണമെങ്കിൽ തല്ലുകൂടാനും പോകും മെഴുതിരിക്കാലെടുത്ത് തല്ലണെങ്കിൽ അതിനും മടിയില്ല മധുബായിലേക്ക് ഓടി കയറും മഴ കല്ല് കൊടുക്കും ഈ സ്ത്രീ അതൊന്നും പറഞ്ഞില്ല കേട്ടോ അത് വേറൊരു കാര്യം ചേർത്ത് പറഞ്ഞതാ മധുബായിരിക്കുന്ന മെഴുതിരിക്കാലെടുത്ത് തല്ലിക്കൊള്ളും കാരണം തല്ലാൻ മറ്റേ കൊണ്ടുവന്ന കുറവടി ഒടിഞ്ഞുപോയപ്പിന് എന്നാ ചെയ്യ തല്ലാൻ മടി വേണ്ടേ മധു വായിലേക്ക് ഓടിക്കേറും അങ്ങനെ തല്ലിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ദൈവത്തിന്റെ സ്തോത്രം മധുഭാഗിയിൽ കയറിയും എഴുതിരിക്കാലെടുത്ത് തല്ലിയവരിവിടെ ഇരിപ്പുണ്ട് അയ്യോ അതിനും കേൾക്കുന്നുണ്ട് അവർക്ക് മാനസാന്തരപ്പെട്ടു തോന്നിയിരിക്കുകയാണ് ജീവിതത്തിന് ഇനി ഒരു കാലത്ത് അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് തോന്നിയിരിക്കുകയാണ് അങ്ങനെയുള്ളവരൊക്കെ മാറിപ്പോയാൽ പിന്നെ സഭയ്ക്ക് സഹിക്കുമോ മിത്രാജ്മാർക്ക് സഹിക്കുമോ കസ്റ്റഡിയിൽ നിന്ന് കുറേ പേര് പിന്നെ ആര് പിടിച്ചെടുക്കും പള്ളി പിടിച്ചെടുക്കാനും പിന്നെ ആരുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറയുന്നതിന് പരിഷത്ത് പോകുന്നുണ്ടോ പറയുന്ന വാക്കുകൾക്ക് അല്പം മാർദ്ദവും കുറഞ്ഞു പോകുന്നുണ്ടോ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ചിന്താശീലമുള്ളവരാകുകയും ചിന്തിക്കാൻ പഠിക്കുക ബുദ്ധിയുള്ളവരാകുകയും നിങ്ങൾ ഈ മണ്ടത്തരത്തിന്റെ പെണിയാളുകളായി മാറരുത് വിട്ടിത്തത്തിന്റെ പങ്കാളികളായി തീരരുത് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹുത്തുപെടട്ടെ നമുക്ക് ബന്ധനങ്ങൾ കഴിഞ്ഞ് ദൈവത്തെ അസ്തുതിക്കണം പാവം സ്ത്രീ പറഞ്ഞതാണ് സാറേ ഒരു സമാധാനമില്ല മദ്യപിച്ച് ലക്ക് കെട്ട് എന്തൊക്കെയോ കാണിക്കും ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര ദേഷ്യം പിന്നെ ചെയ്യുന്നത് അറിയാൻ പാടില്ല സാറേ വില കൊടുത്ത് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾക്ക് എടുത്ത് കണ്ടാൽ സഹിക്കില്ല പാത്രങ്ങളെല്ലാം പൊട്ടി തകരും അപ്പോൾ സുബോധമില്ല പിന്നെ പിന്നെ പോയി റബർ വിറ്റ രൂപ കിട്ടുമ്പോഴും പോയി അതൊക്കെ വാങ്ങുകയും ചെയ്യും കഷ്ടം എത്രയെത്ര കുടുംബങ്ങളാണ് മുടിയെന്ന് പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരങ്ങൾ സഹോദരിമാര് സഹോദരന്മാര് നിങ്ങൾ പലരും ഇതുപോലുള്ളതായ വിഷമസിദ്ധികൾപ്പെട്ട് ഉള്ളുന്നവരല്ലേ ദൈവത്തിന് അഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിക്കണം സ്തോത്രം അതാ പറഞ്ഞത് എന്താ സ്തുതിച്ചത് എങ്ങനെയാണ് ആറാം വാക്യം വായിച്ചേ നമ്മെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ഥവനുമായവന് വായിക്കുമ്പോൾ പലയിടത്തും പുതിയ സ്തുതിയുണ്ട് പുതിയ പാട്ടുണ്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ സ്വന്തമായിട്ടൊരു ചെറിയ പഠനം നടത്താം വെളിപ്പാട് പുസ്തകത്തിലെ സ്തുതികൾ വെളിപ്പാട് പുസ്തകത്തിലെ പാട്ടുകൾ നിങ്ങൾക്ക് തന്നെ തന്നെ നോക്കാം അങ്ങനെയൊക്കെ ഈ പഠിക്കുക തന്നെ താൻ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പാട്ടുകൾ വെളിപ്പാട് ദുസത്തിലെ സ്തോത്രങ്ങൾ വെളിപ്പാട് ദിവസത്തിലെ ആരാധന എന്താ ആരാധന നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നും നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തു അവൻ എന്താ ചെയ്തത് നമ്മുടെ പാപം പോക്കി പാവത്തിൽ നമ്മെ വിടുവിച്ചു സ്നേഹിതരെ നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റും എന്റെ കർത്താവെ എന്റെ പാപം പോക്കാൻ എന്റെ ബന്ധനം അഴിക്കാൻ കാരാഗ്രഹത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ നാവിനെ കെട്ടഴിച്ചു തരാൻ എന്റെ ആത്മാവിന്റെ ബന്ധനം അഴിച്ചു മാറ്റാൻ എന്റെ പാപത്തിന്റെയും പൈശാചികന്റെയും ബന്ധനമെല്ലാം അഴിച്ചു മാറ്റാൻ നീ തിരി രക്തം ഞാൻ വിശ്വസിക്കുന്നു നിന്റെ രക്തത്താകാരനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷം മുതൽ നാഥ ഞാൻ സത്യാരാധകനായി മാറുകയാണ് വിശുദ്ധിയുടെ ആരാധകനായി മാറുകയാണ് കർത്താവെ ഞാൻ വെളിപ്പാട ദിവസത്തെക്കുറിച്ച് ഒന്നും പഠിച്ചില്ലെങ്കിലും എനിക്ക് ഇന്ന് ദിവസം കിട്ടിയേ പറ്റൂ ഒന്നും പുതുതായി പഠിച്ചില്ലെങ്കിലും സാരമില്ല യേശുവേ ഒരു ദിവസം യേശു വീണ്ടും വരും അന്ന് വിശുദ്ധിയുടെ ആരാധനയുള്ളവർ മാത്രം പറക്കും അന്ന് വിശുദ്ധിയുടെ ആരാധന കിട്ടിയവർ മാത്രമേ പറക്കുകയുള്ളൂ അന്ന് വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ ഈ സ്തോത്രമുള്ളവർ മാത്രമേ പറക്കുകയുള്ളൂ അന്ന് വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ എന്റെ കരുണയുള്ള കർത്താവേ ഈ പാവിയായി ഞാൻ ഇത്രയും കാലം തോൽവിയടഞ്ഞനായി ജീവിച്ചുപോയി ഇത്രയും കാലം പരാജയപ്പെട്ടനായി ജീവിച്ചുപോയി ഇത്രയും കാലം തിന്മയുടെ അടിമയായി ജീവിച്ചുപോയി ഇത്രയും കാലം പിശാ എന്നെ പന്താടിച്ചുകൊണ്ടിരുന്നു എന്നെ പന്ത് തട്ടും പോലെ ഇട്ട് തട്ടിക്കൊണ്ടിരുന്നു അവനെന്നെ കോവിപ്പിച്ചു അവനെന്നെ വാശി പിടിപ്പിച്ചു അവന്റെ ഹൃദയത്തിൽ വൈരാഗ്യം തന്നു എന്റെ കരുണയുള്ള കർത്താവെ അവന് ഞാൻ ഇടം കൊടുത്തതുകൊണ്ടാണ് ഈ പാവങ്ങളിലാൻ്റെ അകത്തേക്ക് ഒന്ന് കയറിയത് കർത്താവയെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മൂലം എന്റെ കുടുംബം വിഷമിച്ചു ഞാൻ മൂലം എന്റെ ഭാര്യ വിഷമിച്ചു ഞാൻ മൂലം എന്റെ ഭർത്താവ് വിഷമിച്ചു ഞാൻ മൂലം മക്കൾ കരഞ്ഞു ഞാൻ മൂലം മാതാപിതാക്കൾക്ക് തീരാവേദനയായി എന്റെ കർത്താവെ ഞാൻ ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ മൂലം കൂട്ടായ്മയ്ക്ക് ചീത്തപ്പേരായി ഞാൻ മൂലം കൂട്ടായ്മയ്ക്ക് ദൂഷ്യം വന്നുപോയി എന്റെ കരുണയുള്ള കർത്താവെ നിന്റെ നാമത്തെ ഞാൻ ദുഷിച്ചുപോയി നിന്റെ നാമത്തിന് ഞാൻ ദൂഷ്യം വരുത്തിപ്പോയി കർത്താവെ നിന്റെ വേലയ്ക്ക് ഞാനൊരു കെടുതിയായിപ്പോയി ഞാൻ സാക്ഷ്യമില്ലാത്ത ജീവിതത്തിൽ ആയിപ്പോയതുകൊണ്ട് എന്റെ ജീവിതം പരാജയപ്പെട്ടു പോയി എന്നെ കാണുന്നവർ നിന്നെ കാണാൻ ഇടയായില്ല എന്റെ ജീവിതത്തിലെ രഹസ്യഭാവങ്ങൾ മാറാതിരുന്നു അതുകൊണ്ട് എന്റെ കർത്താവെ പിശാചി സന്തോഷിച്ചു ഇത്രയും കാലം അങ്ങനെയായിരുന്നു എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവോക്കി നമ്മേത്തൻ രക്തത്താൽ വിടിവിച്ച് ഹലോ ലോയ്യ നമ്മേത്തൻ രക്തത്താൽ വിടുവിച്ച് സ്തോത്രം തിരു രക്തത്താൽ വിടുവിക്കുന്ന ക്രിസ്തു ഇന്ന് ഈ വയ്യോ ക്ലാസ്സിൽ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ പ്രിയ സഹോദരിമാരെ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പാവം പോക്കാൻ യേശു വന്നിട്ടുണ്ടായു നിങ്ങൾ വിശ്വസിക്കൂ ഒരു വാക്യം നിങ്ങൾ കേൾക്കൂ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ആ വാക്യം നിങ്ങൾ വീണ്ടും കേൾക്കൂ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു നിങ്ങളെവൻ വിളിക്കുകയാണ് നിങ്ങളെവൻ ക്ഷണിക്കുകയാണ് ഇത്രയും കാലം പരാജയപ്പെട്ടു പോയുമോളെ നീ ഇത്രയും കാലം തോൽവി അടഞ്ഞവളായി മോനെ ഇത്രയും കാലം പരാജയത്തിന് കണക്കേ നിനക്ക് പറയാനുള്ളൂ നഷ്ടങ്ങൾ കണക്കേ നിനക്ക് പറയാനുള്ളൂ എന്നാൽ നീ ഇന്ന് നീ തിരിയാമെങ്കിൽ ഇന്നുമുന്ന് നീ ലാഭത്തിന്റെ കോളത്തിലേക്ക് മാറിക്കേറും ദൈവത്തിന് സ്തോത്രം ഇന്ന് നീ തിരിയാമെങ്കിൽ ഇന്നു മുതൽ നിന്റെ ജീവിതം ലാഭമുള്ളതായിത്തീരും നിനക്ക് ലാഭം നിന്റെ കുടുംബത്തിന് ലാഭം നിന്റെ തലമുറകൾക്ക് ലാഭം നിന്റെ ഭാവി തലമുറകൾക്ക് ലാഭം മാത്രമല്ല സ്വർഗരാജ്യത്തിന്റെ ലാഭം നിത്യനായ ദൈവത്തിന് ലാഭം ർക്കുക നഷ്ടപ്പെട്ടു പോയവര് പരാജയപ്പെട്ടു പോയവര് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ ഇവിടെ നിന്ന് എത്ര നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമാവില്ല എന്നാൽ എന്നെയും നിങ്ങളെയും കാണുന്ന എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ അരികത്ത് വന്നു നിങ്ങൾ വിശ്വസിച്ച് ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യക്കാരായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കവൻ നിങ്ങളുടെ പാപം പോക്കി നിങ്ങൾ വിടുവിക്കും ആത്മാർത്ഥമായി നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ എത്ര നേരം ഇങ്ങനെ പറഞ്ഞാലും ഫലമില്ല എനിക്കറിയാം എന്റെ വാക്കുകൾ കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്റെ ശുശ്രൂഷ കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ജീവനുള്ള ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കെഞ്ചി കൊണ്ടു നിൽക്കുകയാണ് അവൻ വാദിച്ചു കൊണ്ടു നിൽക്കുകയാണ് എന്റെ മകളെ നിന്റെ ജീവിതം ഞാൻ പുതുക്കി തരട്ടെ എന്നാണ് ചോദിക്കുന്നത് മോനെയും നിന്റെ ജീവിതം ഞാൻ പുതുക്കി തരാമെന്നാണ് പറയുന്നത് കുഞ്ഞേ നിന്റെ ജീവിതത്തിന് ഞാൻ പുതിയ മാനം തരാമെന്നാണ് പറയുന്നത് പുതിയൊരു ആകാരം തരാം പുതിയൊരു ആകൃതി തരാമെന്നാണ് പറയുന്നത് പുതിയൊരു സൗന്ദര്യം തരാമെന്നാണ് പറയുന്നത് ഹലോയ്യ ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിന് പുതിയൊരു സൗഭവം തരാമെന്ന് പുതിയ സൗന്ദര്യം തരാമെന്ന് പുതിയ കാഴ്ചപ്പാട് തരാമെന്ന് പുതിയ സമാധാനം തരാമെന്ന് പുതിയ സന്തോഷം തരാമെന്ന് പുതിയ ലാഭം തരാമെന്ന് യേശു കൊണ്ട് പറയുകയാണ് ബാധകൾ മാറിപ്പോകാൻ അധികം നേരമൊന്നും വേണ്ട സ്നേഹിതരെ ഇന്ന് രണ്ടു മണിവരെയും കാത്തിരിക്കണമെന്ന് പോലുമില്ല ബാധകൾ മാറിപ്പോകാൻ ഇന്ന് രണ്ടു മണിവരെ നിങ്ങൾ ഇരിക്കണമെന്നില്ല നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവേ ചില ബാധകളുണ്ട് ഒഴിയ ബാധകളുണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ ഹൃദയത്തിൽ ചില ഒഴിയ ബാധകളുണ്ട് എന്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അപകടം ആറ്റൊഴിയുന്നില്ല എന്റെ കുടുംബത്തിൽ നിന്ന് അത്യാഹിതം ആ മാറിപ്പോകുന്നില്ല എന്റെ കുടുംബത്തിൽ നിന്ന് ചില രോഗങ്ങൾ മാറിപ്പോകുന്നില്ല അത് ചില മാനസിക രോഗങ്ങളോ മാനസിക ദൌബല്യങ്ങളോ ഹിസ്റ്റീരിയ പോലുള്ള രോഗങ്ങളോ അതല്ലെങ്കിൽ അപസ്മാരം പോലുള്ള രോഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ളതായ ബോധക്ഷയങ്ങളോ അതല്ലെങ്കിൽ മാനസിക രോഗങ്ങളോ ഒക്കെ ആയിരിക്കാം എന്റെ ഭർത്താവെ എന്റെ കുടുംബത്തിന്മേൽ നിന്ന് ചില ബാധകൾ ഇപ്പോഴും മാറിപ്പോയിട്ടില്ല എന്റെ മേൽ ചില ബാധകൾ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ചില ബാധകൾ ചില ലോകസ്നേഹത്തിന്റെ ബാധയാണ് പണത്തോടുള്ള സ്നേഹത്തിന്റെ ബാധയാണ് പണത്തോടുള്ള വലിയ ആർത്തിയുടെ ബാധയാണ് മനുഷ്യരുടെ മുമ്പിൽ പ്രശംസിക്കപ്പെടാനുള്ളത് ആഹമാണ് ആർത്തിയാണ് എന്റെ കർത്താവെ എന്റെ ഭർത്താവിനോട് ഒരു യോജിപ്പ് വരാത്തതായ ഒരു ബാധയാണെനിക്ക് ഉള്ളം കൊണ്ടങ്ങ് യോജിക്കാൻ പറ്റുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത എന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല ഈ ബാധ മാറുന്നില്ല എന്റെ കർത്താവെ എന്റെ ഭാര്യയോട് എനിക്ക് വേണ്ടത്ര സ്നേഹം വരുന്നില്ല എനിക്കറിയാം സ്നേഹം വേണ്ടതുപോലെ വരുന്നില്ലെന്ന് പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമാകുന്നില്ല എന്റെ കർത്താവെ വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും പോകുന്നില്ല ഈ ബാധ മാറുന്നില്ല ീ ബാധയെനിക്ക് മാറ്റിത്തരണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്ക് മാറുന്നില്ല എന്നൊന്നല്ലെങ്കിൽ ഒന്ന് ഒരു ചണ്ടയ്ക്ക് കാരണം കിട്ടിക്കഴിഞ്ഞു എന്റെ ദൈവമേ കുടുംബത്തിൽ ശണ്ഠയാണ് കലഹമാണ് തർക്കമാണ് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബാധ പോകുന്നില്ല യേശുവെ നിനക്ക് കഴിയുമല്ലോ നീ സർവ്വ നീ സർവ്വശക്തനല്ലോ നിനക്ക് കഴിയുമല്ലോ എന്നെ മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മാറണമെന്നാണ് എന്റെ ഭാര്യ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എനിക്ക് ഒന്നാമത്തെ ആഗ്രഹം ഞാൻ മാറണം എന്നുള്ളതാണ് ഞാൻ അവളുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു ഇനിമേലങ്ങനെ കാണുകയില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു ഇനിമേൽ ഞാൻ നിങ്ങൾ കാണുകയില്ല ഞാൻ ഇനി കാണുന്ന എന്റെ കുറ്റം മാത്രം ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ നിങ്ങൾ എന്തു പറയുന്നു ലളിതമായില്ലേ പറഞ്ഞത് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തു നിങ്ങളുടെ സമീപത്തിൽ നിൽക്കുന്ന നിങ്ങൾക്കും ധ്യാനിക്കാമോ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന നിങ്ങൾ ധ്യാനിക്കാമോ വേണമെങ്കിൽ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുക യേശു നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഹൃദയത്തോടൊട്ടി നിന്നുകൊണ്ട് യേശു നിങ്ങളോട് ചോദിക്കുന്ന മകനെ നിന്റെ ഹൃദയം ഇപ്പോൾ എനിക്ക് തുറന്നു തരാമോ ഞാൻ അകത്തേക്ക് വരാം മകളെ നിന്റെ ഹൃദയം ഇപ്പോൾ എനിക്ക് തുറന്നു തരാമോ ഞാനകത്തേക്ക് വരാം എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ പ്രാണപ്രിയനായ പൊന്ന സ്തോത്രം എന്റെ ജീവന്റെ ജീവനായ യേശുവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാർക്കെല്ലാം ഇപ്പോൾ യേശുവിനോട് ഇത് നിങ്ങൾ വീർപ്പൂട്ടുന്നവരുണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട് രോഗം മാറാതെ മാറാതെ വലയുന്നവരുണ്ട് ഈ രോഗം മാത്രമല്ല ഒന്നു മാറി ഒന്നു മാറി രോഗം എനിക്ക് രോഗമല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് രോഗം അല്ലെങ്കിൽ ഭർത്താവിന്റെ രോഗം അതല്ലെങ്കിൽ മക്കൾക്ക് രോഗം എന്റെ ദൈവമേ മൂത്ത കുഞ്ഞിൻ്റെ രോഗം അല്ലെങ്കിൽ ഇളയകുഞ്ഞിന്റെ രോഗം എന്റെ കർത്താവെ ഒന്നു മാറി ഒന്നു മാറി ദുരിതവും ദുഃഖവും മാത്രം കടത്തിന്റെ ഭാരം മാത്രം കർത്താവെ പൈസ തകയുന്നില്ല ചികിത്സിക്കാൻ രൂപയില്ല കടം മേടിച്ച് വലയുന്നല്ല കർത്താവേ ഞാൻ എന്തു വേണ്ടു മനസ്സ് വിഷമിച്ചിരിക്കുന്നവരെ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ വീർ കൂടുന്ന ജീവിതത്തിലേക്ക് യേശു കടന്നു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന് നിഗേതനമായി യേശു കടന്നു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷകനെതായി എഴുന്നള്ളി വരാൻ ആഗ്രഹിച്ചു അവനെ നിങ്ങളൊന്ന് കാണുകയും അവനെ നിങ്ങൾ കണ്ടുകൊണ്ട് അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയും അവന്റെ ആ തിരുമുഖത്തേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയും ആ മുറിവേറ്റ കൈകൾ ആ ആ അണിയടിച്ചു തകർന്നതായ കൈകൾ ചങ്കിൽ മുറിവേറ്റതായ ആണിപ്പാടുള്ളതായ കൈകളും കാലുകളും ചങ്കിൽ മുറിവേറ്റതായ വിലാവ് കുത്തി തുറന്നതായ ആ മുറിവ് അതെല്ലാം നിങ്ങൾ കാണുക ഈ സമയത്ത് നിങ്ങൾ യേശുരി തിരുമുഖത്തേക്ക് നോക്കുക അവിടെ കന്നത്തടിയേറ്റ് വീർത്തു വീങ്ങിയിരിക്കുന്നു രോഗങ്ങൾ പിഴുതെടുത്തത് കൊണ്ട് രക്തം തുളിച്ചു തുളിച്ചു നിൽക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക തലയിൽ മുന്നോടിയേച്ചടിച്ചത് കൊണ്ട് ചോരയൊഴിയ പാട് കാണുന്നു ആ ചോര ചിലടത്ത് അറ്റച്ചു കിടക്കുന്നു ചിലത് വേർപ്പോടുകൂടി ഒഴികൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെയും നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക ഈ വേദനയുടെ പ്രതിരൂപമായി കടന്നു നിന്നിരിക്കുന്ന ക്രിസ്തു നിങ്ങളോട് പറയുന്നത് മകനെ നിനക്ക് ഏതുമില്ലയോ മകളെ നിനക്ക് ഏതുമില്ലയോ നിനക്ക് വേണ്ടി ഞാൻ ഈ പീഡയെല്ലാം നിനക്ക് ഏതുമല്ലോ ചോദിക്കുന്നു ഈ സമയത്ത് എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ തന്നെ യേശുടൊരു വാക്കു പറയൂ യേശുവേ ഇതുവരെ തോൽവിപ്പെട്ടവളാണ് ഞാൻ ഇതുവരെ തോൽവി അടഞ്ഞവനാണ് ഞാൻ യേശുവേ ഇന്ന് മുതൽ ഞാൻ ജയമെടുക്കുന്നവളാകും ഇന്ന് മുതൽ ഞാൻ ജയമെടുക്കുന്നവനാകും നിങ്ങൾ യേശുനോട് വാക്കു പറയു യേശു പറയു യേശുവേ ജയശാലികൾ മാത്രം അവകാശമാക്കുന്ന സ്വർഗീയപ്രതിലേക്ക് പറഞ്ഞു രാജാധി രണ്ടാമത്തെ വരവിൽ എനിക്കും ഭാഗ്യം തരണമേ ഞാനിതാതിന് എന്നെ തന്നെ തരുന്നുലൂയൂയൂ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞിട്ട് നമുക്ക് സ്തുതിക്കാം എന്റെ കർത്താവിന്റെ വലിയ നാവം മുഹത്തുപെടട്ടെ ദൈവത്തിന് സ്തോത്രം എന്താണെന്നോ എന്റെ കർത്താവിന് സ്തോത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ലണ്ടനിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം നിങ്ങൾക്ക് നിങ്ങൾ അതിനെന്തി എന്ത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വിമാനത്തിൽ കയറുകയാണ് അല്ലേ വിമാനത്തിൽ കയറും ശരിയാണ് വിമാനത്തിൽ കയറാൻ ടിക്കറ്റ് എടുക്കും തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വേണം ദൈവത്തിന് സ്തോത്രം അതിന് നിങ്ങൾക്ക് ആ ദേശത്തേക്കുള്ള യാത്ര വിദേശത്തേക്ക് പോകാനുള്ള പാസ്പോർട്ട് വേണം ആ ദേശത്തേക്ക് കടന്നു വിസ വേണം എന്റെ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നിങ്ങൾക്ക് സംഘടിപ്പിക്കണം അതെല്ലാം ഒരുക്കി ഒരുക്കി കിട്ടണം ശരിയാണ് ഇതെല്ലാവർക്കും കിട്ടണം എന്നാൽ ഇതെല്ലാം ഒരുങ്ങിയിട്ട് നിങ്ങൾ വിമാനത്തിൽ കയറി നിന്നിരിക്കട്ടെ നിങ്ങൾ വലുത് അവിടെ നിന്ന് അധ്വാനിക്കണോ നിങ്ങൾ വലുത് അധ്വാനിക്കണോ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലുത് അധ്വാനിക്കണോ നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ അങ്ങോട്ട് പോകാനായിട്ട് വിമാനത്തിൽ കൂടി അങ്ങോട്ടും കൂടി ഓടിക്കിടക്കണോ വേണ്ടല്ലോ നിങ്ങളുടെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നാൽ മതി നിങ്ങൾക്കുള്ള സീറ്റിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും അല്ല കുറച്ചുകൂടി മനസ്സിലാക്കി തരാം കുറച്ചുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് എറണാകുളത്ത് പോകണം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളിവിടെ കോലഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലും ബസ് സ്റ്റാൻഡിൽ ചെല്ലും ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് വരുന്നത് കാത്തു നിൽക്കും കുറേ നേരം കാത്തുനിൽക്കും നിങ്ങൾ ആ ബസ്സിൽ കയറുന്നു ഇനി നിങ്ങളവിടെ ബസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ വലിയ ഒച്ച എടുക്കുകയോ ബഹളം വയ്ക്കുകയോ ആ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകൊന്നുമല്ലോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആ ബസ്സിൽ കയറിയിരിക്കണം ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ എന്നാൽ യേശുവിൽ നിങ്ങളായി കഴിഞ്ഞാൽ യേശു ചെല്ലുന്നിടത്ത് നിങ്ങളും ചെല്ലും ഹാല ലോഹ്യ എന്റെ സ്തോത്രം യേശു ചെല്ലുന്നിടത്ത് നിങ്ങളും ചെല്ലും എന്റെ സ്നേഹിതരെ നിങ്ങൾക്ക് മനസ്സിലായോ യേശു ചെല്ലുന്നിടത്ത് ചെല്ലാൻ വളരെ എളുപ്പമാണ് യേശുവിന്റെ ഉള്ളിലായാൽ മതി അവന്റെ ചങ്കിനുള്ളിലായാൽ മതി അവന്റെ ഹൃദയത്തിനുള്ളിലായാൽ മതി അവന്റെ അത്തിരി ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മതി വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്റെ ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ ക്രിസ്തു യേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇതുവരെ വന്നതിനോ അതിന്റെ എല്ലാ ശിക്ഷയും അവനേറ്റു കഴിഞ്ഞു ഇതുവരെ വന്നതിനോ എല്ലാവനേറ്റു എല്ലാ ശിക്ഷയും അവനേറ്റു എല്ലാം അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റു കഴിഞ്ഞു ആ അപമാനവും ആ നിന്നയും ആ ആക്ഷേപവും ആ പരിഹാസവും എല്ലാവനേറ്റു ആക്ഷേപവും നിന്നയും എല്ലാവനേറ്റു എല്ലാം ഞാൻ ഏൽക്കേണ്ടതെല്ലാം അവനേറ്റു കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ അവന്റെ ഉള്ളിലായാൽ മതി അവന്റെ ഉള്ളിലായാൽ എനിക്കിനിയൊന്നും ഏൽക്കേണ്ടി വരില്ല എനിക്കൊരു ശിക്ഷാവിധി ഏൽക്കേണ്ടി എനിക്ക് ന്യായവിധി ഏൽക്കേണ്ടി ഒരു ശിക്ഷാവിധിയും ഇല്ല യേശു വിലാഗുഹ സ്തോത്രം അതിനിപ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് താല്പര്യം ഇതാ വിമാനം തുറന്നു വെച്ചിരിക്കുന്നു അതിലേക്ക് ഫ്രീ ടിക്കറ്റ് തന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം പൈസ മുടക്കണ്ട ഒരു പൈസയും സംഭാവന കൊടുക്കണ്ട ഒരു കാണി കീടാൻ നോക്കണ്ട എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ നിങ്ങൾ പറയട്ടെ ആർക്കും പിരിവ് കൊടുക്കണ്ട എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വിശ്വസിക്കൂ ഒരു പൈസയും മുടക്കണ്ട യേശുവിന് നിങ്ങളുടെ പൈസ വേണമോ എന്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ പറയാറില്ലേ വിശുദ്ധന്മാരുണ്ടെങ്കിൽ വേല നടന്നുകൊള്ളൂ ും വിശുദ്ധന്മാരുണ്ടെങ്കിൽ കർത്താവിന്റെ വേല മുടങ്ങാതെ നടന്നുകൊള്ളും എന്റെ ദൈവത്തിന് സ്തോത്രം അതാദേശത്ത് വിശുദ്ധിയടത്തി ദീപ്യ ശായിപ്പോ നിങ്ങൾ ആരെല്ലാം തയ്യാറാകും എന്റെ കർത്താവേ എന്റെ ദേശത്ത് ഞാൻ നാലഞ്ച് ദിവസത്തിന് ശേഷം മടങ്ങി ചെല്ലും അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പുതിയ മനുഷ്യനായി മടങ്ങി ചെല്ലും അല്ല ഇന്ന് ഞാൻ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും ഒരു പുതിയ മനുഷ്യനായി ഞാൻ മടങ്ങി ചെല്ലും അല്ല ഇന്ന് രാത്രി ഞാൻ യാത്ര ചെയ്ത് നാളെ ഞാൻ ഒരു പുതിയ മനുഷ്യ ഞാൻ എത്തിച്ചേരും എന്റെ കർത്താവേ എന്റെ ദൈവമേ നാഥ ഈ അഞ്ചു ദിവസവും കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലും ഭർത്താവെ ഞാൻ പുതിയ മനുഷ്യനായിട്ടായിരിക്കും ചെല്ലുന്നത് പഴയ കോപം എവിടെ പോയി പഴയ വാശി എവിടെ പോയി പഴയ വൈരാഗ്യെവിടെ പോയി പഴയ കടുമ്പിടുത്ത് എവിടെ പോയി പഴയ ദുശ്യലം എവിടെ പോയി പഴയ മദ്യപാനാസക്തി എവിടെ പോയി കാണാനില്ല അയ്യോ കാണാനില്ല എല്ലാം എല്ലാം തീർന്നു എല്ലാം എല്ലാം തീർന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഹലോ ലോഹ്യ എന്റെ ദൈവത്തിന് അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനമുള്ള വര് ആരെല്ലാം ഉണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് ചോദിക്കട്ടെ അങ്ങനെ വ്യക്തമായൊരു തീരുമാനം കർത്താവെ പഴയത് കഴിഞ്ഞുപോയി ഇതായി തീർന്നിരിക്കുന്നു ഞാനവന്റെ രാജ്യമായി ഞാൻ അവന്റെ പുരോഹിത വർഗമായി ഞാൻ അവന്റെ സ്വന്തമായി ഞാൻ അവന്റെ യേശു എന്റെ ഞാൻ യേശുവിലായി യേശു എന്നിലായി യേശു ഞാനും ഏറ്റവും അടുപ്പമായി യേശുവിനോട് ഞാൻ ചേർന്നു യേശുവിൽ ഞാൻ ലയിച്ചു ഞാൻ യേശുവിന് വേണ്ടി മാത്രം എന്റെ ആയുസ് വേർതിരിച്ചിരിക്കുന്നു ഇനി വേറെ ആർക്കും ഇതിലവകാശമില്ല ഒരു പിശാരി തൊടാൻ ഒക്കുകയില്ല ഒരു ശത്രുവുംയില്ല ഒരു ബാധയും ആയിരങ്ങൾ വീഴും വലത്തുവശത്ത് പതിനായിരങ്ങൾ വീഴും അവൻ നിന്നോട് എടുക്കുകയില്ല ഒരു ബാധയും നിന്നോട് തട്ടാതെ വണ്ണം അവൻ പരിപാലിക്കും അത് മറവിൽ നീ വസിക്കും സർവശക്തി നെടൻ കീഴിൽ നീ പാർക്കും ദൈവത്തിന് സ്തോത്രം കോസവ സർപ്പത്തെയും ഹെർമോനോ സർപ്പത്തെയും നീ ചവിട്ടും സിംഹത്തെയും പെരുമ്പാവനെയും നീ മെതിക്കും അണലിവേൽ സിംഹത്തെയും മെതിക്കുവാൻ അധികാരം തരുന്ന ക്രിസ്തുവാണ് ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങളരികത്തൂടെ നടക്കുന്നത് നിങ്ങൾ വിശ്വസിക്കൂ യേശുവിനെ നിങ്ങൾ കാണൂ യേശുവിന്റെ ദുർമുഖത്തേക്ക് നിങ്ങൾ നോക്കൂ ഉച്ചുനോക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് യേശുവിനോട് പറയൂ യേശുവേ യേശുവേ ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ അത് ഇതുവരെയുള്ള ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റു ഞാൻ ഇത് അതിന്റെ വരുന്നു ഇന്ന് മുതൽ ജയത്തിന്റെ ജീവിതമായിരിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ആ തീരുമാനമുള്ളവർ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തു <departed skeletons> Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Karengaley thaaltheduyin devathina stotram aasathirunnilla ente devathinde veli naam mahuthu padatte devathina stotram onnam adhyayathe kurichana ഞാനിത്രയും പറഞ്ഞത് ഒന്നാം അധ്യായം ഈ ഒന്നാം അധ്യായം വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായം അത് വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ അധ്യായമാണ് ഇതുവരെ ഉള്ളത് ഇനിയുള്ളതോ ഇപ്പോൾ ഇതുവരെ സംഭവിച്ചത് ഇനി ഇപ്പോഴുള്ളത് ദൈവത്തിന സ്ത്രോത്രം ഇപ്പോഴുള്ളത് ക്രിസ്തുവിന്റെ സഭയാണ് ഈ ഭൂമിയിൽ ക്രിസ്തു സഭയുണ്ട് ഈ സഭയ്ക്കുള്ള ഉപദേശത്തിൽ നാം കാണുന്ന ചില പ്രത്യേകതകളുണ്ട് സഭയ്ക്കുള്ള ഉപദേശത്തിൽ ഏഴ് പ്രാവശ്യം പറയുന്നുണ്ട് ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ രണ്ടും മൂന്നും അധ്യായങ്ങളിലായി ഏഴ് പ്രാവശ്യം പറയുന്നുണ്ട് ഏഴ് പ്രാവശ്യം ജയശാലികളാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏഴ് പ്രാവശ്യം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകള് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവത്തിന സ്തോത്രം അത് ഫ്രീ വില്ലാണ് വിട്ടുതരികാണ് വിട്ടുതരികയാണ് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം ചെവിയുള്ളവൻ കേൾക്കട്ടെ വിളിപ്പാട് അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് അധ്യായത്തിൽ പിന്നീട് പഠിക്കും സമയം എടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവോചനം മുദ്രയേടരുത് അനീതി ഇനിയും അനീതി അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുക കണ്ടുകൊടുക്കാൻ പ്രതിഫലം എന്റെ വക്കലുണ്ട് ഞാൻ അൽഫയും ഓമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ക്ഷുദ്രക്കാരും പിന്നെ കൊലപാതകന്മാരും കൊലപാതകന്മാരും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ദൈവത്തിന സ്തോത്രം യാതൊരു വിട്ടുവീഴ്ചയില്ലാതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി ചെയ്യണമെങ്കിൽ നീതി ചെയ്തുള്ളൂ അല്ല അഴുക്കാടണമോ അഴുക്കിലേക്ക് വയ്ക്കുള്ളൂ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവത്തിന സ്തോത്രം കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് അവസാനത്തെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിള്ളവന് കേൾക്കട്ടെ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഇന്ന് ഭാഗ്യവശാൽ നമുക്ക് ആത്മാവിന് ശബ്ദം കേൾക്കാൻ കർത്താവ് കൃത് തന്നിരിക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്ന കേൾക്കാൻ നമുക്ക് അവസരം തന്നിരിക്കുന്നു അതിന്റെ ഒരു തന്നിരിക്കുന്നു നിങ്ങളുടെ ഓരോ ദേശത്തും കൂട്ടായ്മകളുണ്ട് നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും കൂട്ടായ്മകളുണ്ട് കർത്താവിന്റെ വചനം നമ്മുടെ ഈ കൂട്ടായ്മയുടെ യോഗങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ചെറുതോ വലുതുമായി നടക്കുന്നുണ്ട് നിങ്ങളാ യോഗങ്ങളിൽ പങ്കെടുക്കണം വചനം നിങ്ങൾ കേൾക്കണം ദൈവത്തിന് സ്തോത്രം വതിന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം വധന പ്രകാരം നിങ്ങൾ ജീവിക്കണം അവിടെ നിങ്ങൾ യാതൊരു കാരണവശാലും പിശാലിൽ ഇടം കൊടുക്കരുത് ഓരോ സ്ഥലത്തും പരസ്പര സ്നേഹത്തോടുകൂടി നിൽക്കണം ദൈവത്തിന് സ്തോത്രം പരസ്പര ഐക്യത്തോടി നിൽക്കണം എന്താണ് പറഞ്ഞത് ഈ രണ്ടു മൂന്നു അധ്യായങ്ങളിൽ ആവർത്തിച്ച് പറയുന്നു ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ള കേൾക്കട്ടെ വേറൊരു കാര്യം ദൈവത്തിന് സ്തോത്രം ഏഴ് പ്രാവശ്യം പരിശുദ്ധാത്മാവ് ജയാളികളാകാനാഹ്വാനം ചെയ്യുന്നു മറ്റൊന്ന് മാനസാന്തരപ്പെടുക എന്ന് ഏഴ് പ്രാവശ്യം ഈ രണ്ടധ്യായങ്ങളിലേക്കാണ് മാനസാന്തരപ്പെടുക എന്ന് ഏഴ് സഭകൾക്കുള്ള ദൂതാണ് പക്ഷേ രണ്ട് സഭകളോട് മാനസാന്തരപ്പെടാൻ പറയുന്നില്ല സ്മൃതാസഭയോടും ഫിലദൽഫിയാ സഭയോടും മാനസാന്തരപ്പെടുക എന്ന് പറയുന്നില്ല എഫ് എഭയുടെ ദൂതനെഴുതുക ഒന്ന് രണ്ട് സ്മൃതാ സഭയുടെ ദൂതനെഴുതുക മൂന്ന് പർഗമോ സഭയുടെ ദൂതനെഴുതുക നാല് തൊയി ധൈരാ സഭയുടെ ദൂതനെഴുതുക അഞ്ച് സർദീസ് സഭയുടെ ദൂതനെഴുതുക ആറ് ഫിലസഫിയ സഭയുടെ ദൂതനെഴുതുക ഏഴ് ലവോദിക്ക സഭയുടെ ദൂതനെഴുതുക ഈ ഏഴ് സഭകൾക്കുള്ള ദൂതാണ് രണ്ട് മൂന്നദ്ധ്യായങ്ങൾ ഈ രണ്ട് മൂന്നദ്ധ്യായങ്ങളിൽ അഞ്ച് സഭകൾക്കാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാനസാന്തരപ്പെടുക എന്ന് മാനസാന്തരപ്പെടുക ആരോടാണ് പറയുന്നത് സഭയോടാണ് പറയുന്നത് സ്തോത്രം സഭ ആരാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം സഭ എന്ന് പറയുമ്പോൾ നാം ധരിക്കുന്നത് എന്താ എന്താ നാം ധരിക്കുന്നത് യാക്കോവായ സഭ ഓർത്തഡോക്സ് സഭ മർത്തോമാ സഭ പെന്തികോ സഭ സി സഭ ഇമാഞ്ചലിക്ക സഭ അല്ലെ കത്തോലിക്ക സഭ അല്ല പ്രിയരെ ഇന്നലെ പ്രിയപ്പെട്ട മതസേ വചനം പറഞ്ഞപ്പോഴേ ശക്തമായ കാര്യം പറഞ്ഞു വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു രണ്ട് ചേരിയേ ഉള്ളൂ രണ്ട് ചേരിയേ ഉള്ളൂ രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്നുകിൽ ഒന്നിങ്ങിൽ മരണത്തിനായി പാവതരദാസന്മാർ അല്ലെങ്കിൽ അനുസരണത്തിനായി നീതിരദാസന്മാർ രണ്ട് രണ്ടേ രണ്ട് വിഭാഗമുള്ളൂ ഒന്നിയിൽ ക്രിസ്തുവിന്റെ വക അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ വക ഒന്നിയിൽ ദൈവത്തിന്റെ വക അല്ലെങ്കിൽ പിശാദിന്റെ വക ഈ രണ്ട് ചേര്യുള്ളൂ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാണുന്നതെല്ലാം ദൃശ്യ സഭകളാണ് ദൃശ്യ സഭകൾ ദൃശ്യപ്പെടുന്ന സഭകൾ അതെല്ലാം മെറ്റീരിയൽ കമ്മ്യൂണിറ്റീസ് ആണ് അതല്ല അതല്ല സഭ എന്ന് പറയുന്നത് സ്പിരിച്വൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ആത്മീയ ശരീരമാണ് സ്പിരിച്വൽ ബോഡിയാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അതില് കത്തോലിക്ക വിഭാഗത്തിലുള്ളവർ കാണും മിശുദ്ധന്മാര് വിശുദ്ധന്മാരാണ് സഭ അതില് യാക്കവായ് സഭയിലുള്ളവർ കാണും മിസ്തന്മാര് അതിൽ ഓർത്ത സഭയിലുള്ളവരാണ് മിസ്തന്മാര് അതിൽ വർത്തമാന സഭയിലുള്ളവരാണ് മിസ്റ്റന്മാര് അതിൽ ഇവാഞ്ചിക്കൽ ചർച്ചിലുള്ളവർ കാണും മിസ്റ്റന്മാര് സഭയിലുള്ളവർ കാണും മിസ്റ്റന്മാർ ദൈവത്തിന് സ്തോത്രം അതിൽ സി എസ് ഉള്ളവർ കാണും മിസ്റ്റന്മാർ വിശുദ്ധന്മാർ അവരെല്ലാം ഒരു ബോഡിയാണ് ഒരു ശരീരമാണ് സ്തോത്രം എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് ഇത് പിടികിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ ഇതറിയാവുന്നതുകൊണ്ടാണ് സഭയൊന്നും മാറണ്ടെന്നീ പറയുന്നത് എന്തിനാ മാറുന്നേ എന്തിനാ മാറുന്നത് സഭ മാറണ്ട ചുമ്മാ പറയുന്നല്ല വളരെ കരുതി തന്നെ പറയുന്നത് സഭ മാറുക മാർഗല്ല വേണ്ടതെന്ന് പറയുന്നത് വളരെ സുചിന്തിതമായിട്ടുള്ള ഒരു നിഗമനമാണത് പുറമേയുള്ള സഭ മാറിയിട്ടെന്ത് കാര്യം ഏത് സഭയിലാണെങ്കിലും വിശുദ്ധന്മാരായി നിൽക്കാം വേണമോന്നുള്ളതിന് വിശുദ്ധനായി നിൽക്കാം വിശുദ്ധനായി നിൽക്കാം സ്തോത്രം ദൈവത്തിന് സ്തോത്രം സമയമുണ്ട് കുറച്ച് കാര്യം പറയാൻ തോന്നുക അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സമയം നോക്കിയത് ഒത്തിരി കാര്യം ഗൗരവമുള്ള കാര്യം പറയാം വിശുദ്ധനായി നിൽക്കാൻ സാധിക്കുമോ അവനാണ് സത്യസഭയുടെ അംഗം ആ സത്യസഭ ഏത് പറയുന്നത് അക്കരെ ചെല്ലുമ്പോൾ ദേവിലായു ചെല്ലുമ്പോൾ നീ ഏത് സഭയുള്ളവനാ ഓ ഞാന് ഓർത്തഡോക് സഭയുള്ളവനാ നീ അങ്ങ് മാറിയിരിക്ക സഭയിൽ നിന്നാ ഞാൻ യാക്കോവായ അക്കാരനാ നീ അങ്ങ് മാറിയിരിക്കയില്ല നീയോ ഞാൻ ബിന്ദുക്കോസുകാരനാ ഞാന് ഒന്നുകൂടി സ്നാനപ്പെടുകയൊക്കെ ചെയ്തയാളാ ആ എന്നാ നീ അങ്ങ് മാറിയിരിക്കയില്ല ആരും പേടിക്കേണ്ട പറയില്ല കുഞ്ഞാടൻ രക്തത്താൽ അങ്കി അലക്കി ഒളിപ്പിച്ചതാണോ സ്തോത്രം അതാ നോക്കുന്നത് ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ ജീവനുള്ള ദൈവകുഞ്ഞാടിന്റെ ആ തങ്കത്തിരുനിണത്താൽ കഴുകപ്പെട്ടവനാണോ സ്തോത്രം നിന്റെ മേൽ ക്രിസ്തുവിന്റെ അടയാളമുണ്ടോ നിന്റെ മേൽക്രിസ്തുവിന്റെ മുദ്രയുണ്ടോ നിന്റെ മേൽക്രിസ്തുവിന്റെ ഛായയുണ്ടോ ക്രിസ്തുവിന്റെ സീൽ നിന്നിൽ പതിഞ്ഞിട്ടുണ്ടോ എങ്കിൽ നീ അധികാരമുള്ളവനാണ് നീ ആ കെയറോഫിൽ കടന്നു ചെല്ലുകയാണ് സീൽ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനും ഈ ചിലരൊക്കെ എണീക്കുമ്പോഴും ഞാൻ പറയും ആൻഡ്രൂസ് എം എ ആൻഡ്രൂസ് ഇദ്ദേഹം കേരള സ്റ്റേറ്റിലെ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടർ ചെയ്തു എന്തിനങ്ങനെ പറയുന്നത് ആ ഒഫീഷ്യൽ പദവിക്ക് ഒരു കെയർ ഓഫ് ഉണ്ട് അതിന്റെ ഒരു ഒരു ചുമതലയുണ്ട് ഇപ്പോഴത്തെ ഡ്യൂട്ടി ജോർജിനെ കുറിച്ച് ഞാൻ പറയും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തയാളാണ് ഓക്കെ എന്താ പറഞ്ഞത് അവിടൊരു ഒരു ഒഫീഷ്യൽ കെയർ ഓഫ് ഉണ്ട് ഒഫീഷ്യൽ ഒഫീഷ്യൽ പദവിയുടെ പിൻബലമുണ്ട് ഞാനീപ്പോ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു മുൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ എന്തിനായിട്ടാ അവിടെ ഔദ്യോഗികമായ പദവിയിലിരുന്നു എന്നുള്ളതിന് അതിന്റേതായ ഒരു മൂല്യമുണ്ട് എന്തിനാ ഭൗതികമായ മൂല്യം ഭൗതികമായ മൂല്യമാണ് ആത്മീയ മൂല്യമല്ല എന്നതുപോലെ ദൈവരായത്തിലേക്ക് ചെല്ലുവാൻ ഒരു ആത്മീയ മൂല്യം വേണം ഒരു സീൻ ഒരു സൈൻ വേണം ഒരു മുദ്ര വേണം ഒരു സിഗ്നേച്ചർ വേണം എന്താ നിന്റെ മേലുള്ള മുദ്ര ക്രിസ്തുവിന്റെ മുദ്ര തിരി രക്തത്തിന്റെ മുദ്ര അതുണ്ടോ അതാ നോക്കേണ്ടത് ഉടനെ ചിലർ പറയും ചിലർ പറയും ക്ഷമിക്കണം ചിലർ പറയും പറയാതിരിക്കുന്നിങ്ങനെ പറഞ്ഞോളാം ചിലർ പറയും അത് മാമോയിസായിട്ട് അല്ലേ സ്ഥിര മുദ്രയാണ് പേടിക്കണ്ട പിന്നെ ഞങ്ങൾ വിസാരിച്ചാൽ മതി കാര്യം ഓൾ റൈറ്റ് കൊമ്പസാരിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അതൊക്കെയാണ് ഞാൻ തുറന്ന് പറഞ്ഞോട്ടേ കൊമ്പ് സാഹിക്കാന്ന് പറഞ്ഞാൽ അച്ഛന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകൊത്തും അച്ഛൻ കുറച്ചുനേരം കഴിയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടുന്നില്ല അച്ഛൻ വല്ലതും പറയാനുണ്ടോ ഉം ഇല്ല ഉം ഉടനെ അല്ല എന്തെങ്കിലും ഇല്ല പിന്നെ ഉടനെ അച്ഛൻ തല്ലേ കൈവച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുരിശോട്ടയാളിട്ട് എഴുന്നേറ്റു എല്ലാം ക്ഷമിച്ചു എന്നാ പാവം ഈ പാവപ്പെട്ട ദൈവ എന്റെ പ്രിയപ്പെട്ടവരിത്തല്ല കുംഭസാരം യോന കുംഭസാരത്തിന് ഇതിരുന്നല്ല കേട്ടോ പേടിക്കണ്ട സത്യം പറഞ്ഞവരാണ് ഇതൊന്നുമല്ല കുംഭസാരം പാപത്തിയോർത്തി എണ്ണി എണ്ണി കരഞ്ഞ് അനുദവിച്ച് ലജ്ജ കൂടാതെ എണ്ണി എണ്ണി ഓരോന്ന് ഓരോന്ന് സ്പെസിഫിക് ആയി കൃത്യമായി ഏറ്റുപറഞ്ഞ് ഇനി മേൽ ആവർത്തിക്കില്ല തീരുമാനിച്ച് കരുണയുളകർത്താവിന്റെ തിരക്തത്താൽ കഴുകണേന്ന് പ്രാർത്ഥിച്ച് ദൈവസനയിൽ ജാകരിച്ച് കടന്ന് എന്നെല്ലാം തുറന്ന് ഏറ്റു പറയുമ്പോൾ അപ്പോഴാണ് പാപമോചനം കിട്ടുന്നത് അപ്പോഴാണ് തിരുമുദ്ര കിട്ടുന്നത് ദൈവത്തിന് സ്തോത്രം പേര് എന്ന് നോട്ടുകുത്തി എന്നുള്ളതുകൊണ്ടോ അച്ഛൻ തലേക്ക് വെച്ച് പോവില്ല നിങ്ങൾ എന്നെ എന്തു ശരി ഈ വിട്ടിത്വത്തിൽ ഒന്നും ജനം നശിക്കരുത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ കാര്യത്തിന്റെ ഗൌരവം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സഭ മാറണോന്നല്ല ഞാൻ പറഞ്ഞത് ഇനി പെന്നു കോസുകാർ പറയും ഒന്നുകൂടി സ്നാനപ്പെടണം അങ്ങോട്ട് ചെലപ്പോ കാണാം സ്നാനപ്പെട്ടില്ലെങ്കിൽ വിശ്വസ്നാണോ എന്നാ സ്നാനപ്പെട്ടത് ശിശുവായിരുന്നപ്പോഴ് ആ അതുപോരെയാ വിശ്വസ് സ്നാനം ഏൽക്കണം പ്രിയപ്പെട്ടവരെ എന്താണ് ഈ പറയുന്നത് അതിൻ്റെ പിന്നെ അവര് വേറൊരു സൂത്രം പറയും എന്താ മുപ്പതാമത്തെ വയസ്സിലാണ് കർത്താവ് സ്നാനപ്പെട്ടത് യേശുവി സ്നാനപ്പെട്ട് മുപ്പതാമത്തെ വയസ്സിലാ അപ്പൊ നമ്മള് എന്നാ ഞാൻ ഓർമ്മയില്ല ശിശു ആയിരുന്നപ്പോഴാ പോയില്ലേ അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം ചെല്ലുമ്പോ കാണാം പോക്ക അങ്ങോട്ടും കേട്ട് കരുതല ഇങ്ങനെയെല്ലാം പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിക്കുന്നതായ പല പ്രസ്ഥാനങ്ങളും ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ വിശ്വസിക്കൂ ഹൃദയം മാറണം മനുഷ്യൻ മാറണം അവന്റെ സ്വഭാവം മാറണം അതിനെ യേശു ക്രിസ്തുവിന്റെ തിരി രക്തത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്റെ ദൈവത്തിന് സ്തോത്രം തിരു രക്തത്താൽ വീണ്ടെടുപ്പ് കിട്ടണം തിരു രക്തത്താളുടെ ശുദ്ധീകരണം കിട്ടണം തിരക്തത്താൽ ആ മുദ്ര കിട്ടിയവരാണ് സത്യസഭ സത്യസഭ സഭ ക്രിസ്തുവിന്റെ സഭ ഏതാണ് സഭ ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ നിങ്ങൾ എത്ര പേര് ഈ സത്യസഭയുടെ അംഗങ്ങളായി ക്രിസ്തുവിന്റെ തിരു രക്തത്തിന്റെ മുദ്രയുള്ളവർ നിങ്ങൾ തന്നെ അറിയണ്ടേ പഴയ പാവങ്ങൾ വലുതും വരുന്നുണ്ടോയെന്ന് നോക്കണം മുമ്പ് തോറ്റിരുന്ന പാവങ്ങൾ വലുതും ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് നോക്കണം ദൈവത്തിന് സ്തോത്രണം ഇന്നലെ അമേരിക്കയിൽ നിന്ന പ്രിയപ്പെട്ട വേവി കുറഞ്ഞതുപോലെ ഒരിക്കൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയെങ്കിലും മാഞ്ഞുപോകാനൊരു സാധ്യതയുണ്ട് മാഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് മുദ്ര കിട്ടിയതാണ് പക്ഷേ മുദ്ര മാഞ്ഞു പോകാം മാമോയിസ്റ്റ് ഏറ്റപ്പോൾ സ്ഥിരമുദ്രയാണെന്ന് പറഞ്ഞു നിങ്ങളെ അബദ്ധത്തിലാക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടി സ്ഥാനപ്പെട്ടപ്പോൾ സ്ഥിരമുദ്ര കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ അവധിതലാക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായും മുമ്പ് ഉപേക്ഷിച്ച പാവം പിന്നെയും വരുന്നുണ്ടോ എന്ന് നോക്കണം അഥവാ അന്നെങ്കിൽ കർത്താവിനോട് പറയണം കർത്താവെ തെച്ചുവെച്ചിപ്പോയി എന്റെ ദൈവമേയും മേലില്ല എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണം എന്നെ നീ വീണ്ടെടുക്കണം എന്നെ നിന്റെ വിശുദ്ധ സഭയിൽ അംഗമാക്കി തീർക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ കാണാം കർത്താവിന്റെ മുദ്ര നിങ്ങളൊന്ന് പതിയുന്നത് നിങ്ങൾക്ക് ജയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അനുഭവമാകുമിത് സ്ത്രോത്രം ജയ ജീവിതം കിട്ടുമ്പോൾ ഇത് അനുഭവമാകും മൂന്നാമത്തെ കാര്യം എന്താണ് ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിൻ മാനസാന്തരപ്പെടുക എന്നുള്ളത് ഏഴ് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു വെറും ഒരു മാനസാന്തരം പോരാ മാനസാന്തരം പോരാ പിന്നെന്താണ് വേണ്ടത് ഓരോ ദിവസവും നമ്മെ തന്നെ നാം തിരി രക്തത്തിൽ കഴുകപ്പെടണം നമ്മെ തന്നെ നാം കഴുകണം ഓരോ ദിവസവും ഓരോ ദിവസവും നാം പുതുതായി പുതുതായി സമർപ്പിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാര്യം പറഞ്ഞു തരുന്നത് ഇന്നലത്തെ സമർപ്പണം പോരായി ഇന്ന് ഇന്നലെ പെർക്കിയ മന്നായി നോക്കുകയില്ല ആ മന്നായി ഇന്ന് ഇന്നലെ ഞാൻ ആത്മാവിൽ നിറഞ്ഞിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ എനിക്ക് മാനസാന്തരം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഇന്ന് മാനസാന്തരപ്പെടണം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ മാനസാന്തരപ്പെടുക എന്ന സന്ദേശം പറയുന്നു സഭയോടാണ് പറയുന്നത് രക്ഷിക്കപ്പെടവരുടെ കൂട്ടത്തോടാണ് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത് മാനസാന്തരപ്പെടുക ഇന്ന് ഈ പകൽക്കാലം എന്റെ സഹോദരങ്ങളോട് പറയട്ടെ നിങ്ങൾ ഓരോരുത്തരും ഇന്നുമാണ് സാന്തരപ്പെടുക ഇതുവരെ ഉണ്ടായ സമർപ്പണത്തിൽ നിന്ന് ഒരുപടി കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെ മുഴുവനായി ക്രിസ്തുവിന് കൊടുക്കുക ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ കൈയൊന്നും പൊക്കണ്ട ഞാൻ ചോദിക്കട്ടെ എന്നെ മുഴുവനായി ഞാൻ ക്രിസ്തുവിന് കൊടുത്തു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ക്രിസ്തുവിനെന്നെ തന്നെ മുഴുവനായി ഏൽപ്പിച്ചു ഒരു ധൈര്യം നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്റെ ഭാവി ഞാൻ യേശുവിനെ ഏൽപ്പിച്ചുവെന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ സെല്ലുടെ ഉള്ളിൽ കൂടി ചിന്ത പോവുകയാണ് ഇപ്പോൾ എന്താണ് ചിന്ത യോന്ന സാറ് പത്ത് എഴുപത് വയസ്സൊക്കെ എഴുപത്തൊന്ന് വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കറന്നൂരായി ഇപ്പൊ അങ്ങനെ പറയാം ഇതൊക്കെ ഇത് ഞാൻ ഈ ചെറുപ്പക്കാരന് ഇതൊക്കെ സാധിക്കുവോ ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കുവോ എല്ലാം കൊടുത്തു പറയാൻ എല്ലാം കൊടുത്താൽ പിന്നെ ഇങ്ങനെയാ ജീവിക്കുന്നേ അല്ലേ ചെറുപ്പക്കാർക്കും പ്രിയപ്പെട്ടവരെ എന്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ എന്റെ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് പറയട്ടെ നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് അന്നൊന്നും അപകടം പറ്റാതെ എന്റെ കർത്താവ് കൃപയാൽ കാത്തു കേട്ടോ സ്തോത്രം യൗവനത്തിൽ കൂടിയല്ലേ ഞാൻ കടന്നു പോകുന്നത് യൗവനത്തിൽ കൂടി നിങ്ങൾക്കറിയാമോ ഞാനും യുവാവായിരുന്നില്ലേ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയ വേലയാണിത് എന്റെ യേശു പതിനേഴാമത്തെ വയസ്സിൽ ഈ ചങ്കിലേക്ക് നടന്നു കയറിയതാണ് ദൈവത്തിന്റെ സ്തോത്രം പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയതായ ആ ജീവിതം എന്റെ കർത്താവിനോടൊരു വാക്ക് പറഞ്ഞത് അത് പുറകോട്ട് മാറി വന്നിട്ടില്ല അവനോട് പറഞ്ഞ വാക്ക് പൊറോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുന്നോട്ട് വെച്ച കാല് പിന്നെ പൊറോട്ടെടുക്കേണ്ടി വന്നിട്ടില്ല എന്റെ ദൈവത്തിന് സ്തോത്രം ഒന്നെനിക്ക് പറയാം വ്യക്തമായിട്ട് പറയാം എൻ്റെ ദൈവത്തിന് സ്തോത്രം മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പ്രായത്തിലും ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാം അത് യൗവനത്തിന് സാധിക്കില്ലെന്ന് വിചാരിക്കണ്ട വേണമെങ്കിൽ ഈ മുഴുവനായി വേണ്ടി എരിഞ്ഞു തീരുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവർ പൊങ്കച്ചമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞപ്പോൾ ചിലത് ചിലരെ അങ്ങനെ ചിന്തിക്കേണ്ടായി ഇത് യോന സാർ ഒരു പൊങ്കച്ചം കർത്താവിന്റെ ചിലപ്പോൾ അന്ന് തിരുവല്ലയിലായിരിക്കും ചിലപ്പോഴ് അങ്ങ് പാമ്പാടിയിലായിരിക്കും ചിലപ്പോഴ് അതിനപ്പുറം ചെങ്ങന്നൂരായിരിക്കും ചെങ്ങന്നൂരിലെന്നാലും പോരാ അവിടുന്ന് പിന്നെയും ഉള്ളിക്ക് പോകണം ആ ദേഹത്തിന്റെ സ്തോത്രം ചിലപ്പോഴങ്ങ് തൃശ്ശൂരായിരിക്കും ചിലപ്പോൾ കുന്നംകുളത്തായിരിക്കും എൻ്റെ കരുണി വിളകർത്താവിൻ്റെ കൃപയാൽ ഓവും തിരിച്ചു പോരുന്നെങ്ങനെയാ ഞാനത് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡില് എന്റെ ദേഹം പത്രം പത്രം മേടിച്ച് പത്രം വിരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് ബാഗായിരത്തി അടിക്കൊണ്ട് പോവാതിരിക്കാൻ ഈ ബാഗിൽ ബാഗ് തലയണിയായിട്ട് വെക്കും ചെരുപ്പ് ഒരു കാലില് ഈ കാലിൽ നിന്ന് ഊരറ്റലിൽ കിടക്കാൻ പറ്റുകൊണ്ട് കാലിന്റെ അടിയിൽ ആ പാദത്തിന്റെ അടിയിൽ ചെരുപ്പ് വെക്കും ഒരു കടന്നു സുഖമായിട്ട് കിടന്നുറങ്ങും ഫസ്റ്റ് ബസിന് പോരുകയും ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെയൊക്കെ ഓടി വേല ചെയ്തിട്ടുണ്ട് ആ കാലത്ത് അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു ഇന്ന് കൊണ്ടു കിടക്കാൻ ആളുകളുണ്ട് ഇന്ന് വന്ന് കാറിലും കൊണ്ടുപോയിക്കോളും സന്തോഷം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മോഹത്തപ്പെടട്ടെ ഞാൻ പറഞ്ഞത് പൊങ്ങച്ചമാണോ ഇവിടെയുള്ള യുവാക്കൾക്കൊരു വെല്ലുവിളി തന്നതാണ് ഇവിടെയുള്ള യുവാക്കൾക്കൊരു വെല്ലുവിളി തന്നതാണ് കർത്താവിന്റെ എന്റെ കർത്താവിന് സ്തോത്രം നിന്റെ പേര് നിന്റെ പ്രൌഢിയും എല്ലാം കർത്താവിനായിട്ട് കൊടുത്താൽ ഒന്നും നഷ്ടമല്ല ദൈവത്തിന് സ്തോത്രം അന്ന് സഭ രാഘോവായ സഭ സഭയിൽ നിന്ന് രണ്ടല്ല ഒറ്റ സഭയാണ് അന്ന് സഭയിലെ തിരുവേനിമാർ എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു തിരുവേനി പേഴ്സണലായിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് തിരുമേനിയുടെ കാറ് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വരിക നാമം മുഹൂത്ത് പോടട്ടെ പലയിടത്തും ഒപ്പം വരുന്നാണ് ഭക്ഷണം കഴിച്ചു പോന്നിട്ടുള്ളത് എന്റെ കർത്താവിന് സ്തോത്രം പൊങ്ങച്ചമാണോ അല്ല പ്രിയരേ അല്ല ഇന്ന് ഞാൻ അറയ്ക്കപ്പെട്ടവനായി ഇന്ന് ഞാൻ വെറുക്കപ്പെട്ടവനായി അതിന് കാരണം എൻ്റെ യേശുവിന്റെ സുവിശേഷം എൻ്റെ ഹൃദയത്തിൽ നെറ്റിയിൽ എഴുതി വെച്ചു ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് വിലയില്ല ഇന്ന് മാനമില്ല എന്റെ കർത്താവിന്റെ സ്തോത്രം മാനം വേണോ എന്നാണോ ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാനൊരു അഭിമാനം കൊള്ളുന്നു ഞാനിതിൽ സന്തോഷിക്കുന്നു ഞാൻ എൻ്റെ ഈ അനുഭവം ചേർത്ത് പറഞ്ഞു എന്തിനാണെന്നറിയാമോ നിങ്ങളിൽ വല്ലവർക്കും അല്ല തീരുമാനം എടുക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ തീരുമാനം എടുത്തോളാനാണ് വല്ല തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ ഇന്ന് ദുബായിൽ നിന്ന് ജോസ് പറയുന്നു അങ്ങോട്ട് ചെല്ലണമെന്ന് ആ കുവൈറ്റിൽ നിന്ന് രാജനും കൂട്ടിനും പറയുന്നു അങ്ങോട്ട് ചെല്ലണമെന്ന് ദൈവത്തിന്റെ സ്തോത്രം പക്ഷേ പറഞ്ഞു ഇംഗ്ലണ്ടിലേക്കൊന്ന് ചെല്ലാമോ എന്ന് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ഒരിടത്തേക്കും പോകാൻ ഇപ്പോൾ മനസ്സിലും വന്നിട്ടുമില്ല എന്റെ ദൈവത്തിന്റെ സ്തോത്രം എന്റെ കർത്താവിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ എന്റെ കരുണിയുള്ള കർത്താവെല്ലാം അറിയുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ കരുണിയുള്ള കർത്താവ് സകലവും സകലവും കാണുന്നു ഞാൻ ഈ ആയുസ് അവരെ ഏൽപ്പിച്ചതാണ് എവിടെ പോകണം എവിടെ പോകണ്ട ഒക്കെ സ്വർഗ്ഗത്തിൽ നിയന്ത്രിച്ചോളണം ദൈവത്തിന്റെ സ്തോത്രം എവിടെ നിക്കണം എന്തായിരിക്കണം എല്ലാം സ്വർഗത്തിലാണ് നിയന്ത്രണം ഞാൻ എന്നെ യേശു കൊടുത്തതാണ് ഈ ആയുസ് യേശു കൊടുത്തതാണ് സ്തോത്രം യേശുക്കരായിട്ട് വിറ്റതാണിത് എന്റെ ദൈവത്തിന് സ്തോത്രം അവൻ കൊടുത്ത വില വലുതാണ് ഈ ഒരാത്മാവിന് വേണ്ടി അവൻ കൊടുത്ത വില തന്റെ സ്വന്തം ജീവരക്തമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവിന് വേണ്ടി അവൻ കൊടുത്ത വില അവന്റെ ചങ്ക് തുറന്നുള്ള ചങ് തങ്കച്ചോരയാണ് നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ യേശുവിനെ നിങ്ങൾക്ക് വേണമോ എന്റെ ദൈവത്തിന് സ്തോത്രം ഈ യേശുവിനോടെ പോകണോ അത് വിലയുള്ള ജീവിതമാണ് അത് അത് ബഹുമന്യുമായ ജീവിതമാണ് ഇവിടെ വിലയില്ല ഇവിടെ ചപ്പൊന്നും ചവർന്ന് വെണ്ണും ഇവിടെ വില കെട്ടു പോകും സ്തോത്രം നല്ലത് ഇവിടെ വില കെട്ടാൽ യേശുവിന്റെ നാമത്തിലാണെങ്കിൽ എനിക്ക് തെറ്റൊന്നും പറ്റാതെയാണെങ്കിൽ എന്റെ കർത്താവിന് സ്തോത്രം അക്കരെ ചെല്ലുമ്പോൾ നല്ലവൻ വിശ്വസ്തനായ ദാസന എന്ന് കേൾക്കാം എന്റെ ദൈവത്തിന് സ്തോത്രം ഇവൻ സാക്ഷാലിസറായ കവടമില്ല എന്നൊരു വാക്കുകൊണ്ട് നന്ദനയിൽ കേട്ടില്ലേ അതുപോലൊരു വാക്ക് കേൾക്കാം നല്ലവന് വിശ്വസ്തനായ ദാസന എന്ന് ആ ഒരു വിളി കേൾക്കാൻ കൊതിയുണ്ട് എന്റെ കർത്താരിന്റെ സ്തോത്രം ഞാനിപ്പോ ഈ പറയുന്നു യേശുരം കേൾക്കല്ലേ എന്റെ യേശു ഇതെല്ലാം കേൾക്കുന്നില്ലേ ആ യേശുവാണിപ്പോ നിങ്ങളുടെ അരികത്തിലൂടെ നടക്കുന്നത് ഇതുവരെ നിങ്ങൾ നല്ലവൻ വിശ്വസനമായ ദാസന എന്നുള്ള പേര് കേൾക്കാൻ ഇടയായില്ല അതിനുള്ള ഭാഗ്യം നിങ്ങൾ കിട്ടിയില്ല മക്കളെ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആ ഭാഗ്യം നേടാം എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാം ഈ നാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെയുള്ള ഭാഗം അത് മൊത്തത്തിൽ ഓട്ടോ പോലെയാണ് പറഞ്ഞു വരുന്നത് നാലാമധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെയുള്ള ഭാഗം അത് യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് വിശുദ്ധന്മാരുടെ രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് പരസ്പര സ്നേഹത്തിൻ്റെ രാജ്യമാണ് സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ് സ്തോത്രം എന്റെ ദൈവത്തിന്റെ സ്തോത്രം നാം പയ്യെ പയ്യെ എഴുതി രണ്ട് അധ്യായത്തിലേക്ക് വരാൻ തുടങ്ങുകയാണ് നാളെ നമുക്കതിലേക്ക് പെയ്യെ കടന്നു വരാം എന്റെ ദൈവത്തിന്റെ വലിയ നാം മുഹത്തുപെടട്ടെ ജീവനുള്ള ക്രിസ്തുവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം തീർക്കാൻ പോവുകയല്ല സമയം ഇനിയും ബാക്കിയുണ്ട് രണ്ടു മണിയായിട്ട് എഴുന്നേൽക്കുന്നുള്ളൂ എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് പറയട്ടെ രാജാധി രാജ്യത്തിൽ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി നമുക്കവിടെ ചെല്ലണമെങ്കിൽ ഇവിടെ സ്നേഹത്തിന്റെ മണിമുത്തുകളായി നാം ഇവിടെ ജീവിക്കണം സ്തോത്രം സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം ആരോടും പ്രത്യേകതയില്ലാത്ത സ്നേഹം ആരോടും മഘോക്ഷം ഇല്ലാത്ത സ്നേഹം ആരോടും മയമില്ലാത്ത സ്നേഹം ആരോടും കലർപ്പില്ലാത്ത സ്നേഹം ഒരു സ്വന്തമായി ഒരു മുൻവിധിയില്ലാത്ത സ്നേഹം സ്വന്തമായി ഒരു വ്യവസ്ഥയില്ലാത്ത സ്നേഹം എന്റെ കർത്താവിന് സ്തോത്രം എന്റെ ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത്പ്പെടട്ടെ നിങ്ങൾ ചിലരോടെല്ലാം ഞങ്ങളുടെ പരീക്ഷമായി സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാം ദൈവത്തിന് സ്തോത്രം ഞാന് അത് പറഞ്ഞെന്തിനാണെന്നറിയാമോ പരുഷമായി സംസാരിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല എന്തിനാണ് പരുഷമായി സംസാരിച്ചത് നിങ്ങളുള്ള പിശാദിനെ ഇറക്കി വിടാനാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയ നല്ലതാണ് നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന ചില ദുഷ്ട പിശാദികളില്ലേ അവരെ ശാസിച്ചതാണ് നിങ്ങൾക്ക് തോന്നും നിങ്ങളെ വഴക്കൂറിന് തോന്നുക നിങ്ങളോടൊരു ഒരു മയമില്ലാതെ സംസാരിച്ചല്ലോ എന്ന് ഓ എങ്കിലും സ്നേഹമില്ലാത്ത മനുഷ്യൻ നിങ്ങൾക്ക് തോന്നും സ്നേഹിതരെ പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്ന ദൈവമക്കൾ അവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരുമ്പോഴെല്ലാം ചിലപ്പോൾ അവരോട് എന്റെ ദൈവത്തിന് സ്തോത്രം അത് മനഃപൂർവ്വമല്ല മിണ്ടാതിരുന്നിട്ടുണ്ട് ഇത്രയും ദൂരെ നിന്ന് ഞങ്ങളിന്ന് യാത്ര ചെയ്ത് സാറിന് കാണാമെന്ന പ്രതി സാറൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ പറഞ്ഞു തരാം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കി പലതും പലതും കാണാനുണ്ട് പലതും പലതും തിരുത്താനുണ്ട് എൻ്റെ യേശുരി നിങ്ങളെ വേണമെന്നുണ്ട് കർത്താവിൻ്റെ സ്തോത്രം യേ നിങ്ങളെ വേണമെന്നുണ്ട് നിങ്ങളുടെ ജീവിതം തിരുത്തിയിട്ട് നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിട്ട് നിങ്ങളുടെ ദൈവരാജ്യത്തിൽ എത്തണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട് നിങ്ങൾ സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവരാജയത്തിൽ എത്ര വന്ന് കർത്താവിന് വലിയ കൊതിയാണ് ദൈവത്തിന്റെ സ്തോത്രം കാരണം അവൻ തന്റെ ചങ്കു തുറന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവന്റെ തിരി രക്തം ചിന്തിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ അവൻ കൊതിക്കുന്നുണ്ട് നിങ്ങളെ തന്റെ മാറോട് അണയ്ക്കാൻ അവന് ആർത്തിയാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങളെ ചേർത്ത് അണയ്ക്കാൻ അവന് അതിയായ താല്പര്യമാണ് ഒരമ്മ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ജോലി ചെയ്യുന്ന അമ്മ കുഞ്ഞ് പ്രസവിച്ചിട്ട് അധികം ദിവസങ്ങളായില്ല അല്ല ഒന്നോ രണ്ടോ മാസമേ ആയുള്ളൂ ആ ജോലി കഴിഞ്ഞ് അതിവേഗം പറന്നെത്തുകയാണ് വീട്ടിൽ അതിവേഗം എന്തിനാ പറന്നെത്തുന്നത് കൊച്ചിന്റെ അടുക്കലേക്ക് വരാൻ മോൻ്റെ എടുക്കലേക്ക് അല്ലെങ്കിൽ മോളുടെ അടുക്കലേക്ക് വരാൻ മോനെ അല്ലെങ്കിൽ മോളെ പെട്ടെന്ന് മാറോട് അണയ്ക്കാൻ വേഗം ചെന്ന് ഒന്ന് ബാത്റൂമിൽ പോയി പെട്ടെന്നെല്ലാം കഴുകിയിട്ട് വേഗം വന്ന് കൊച്ചിനെ മുല കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എന്താണ് കാരണം എത്രയും വേഗം എന്റെ കൊച്ചിന്റെ അടുക്കലേക്ക് വരണം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശ്മി ദാഹം ഇതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയല്ലേ ഈശുനിദാഹം ഇതാണ് എത്രയും വേഗം നിങ്ങളെ തന്റെ മാറോടക്കിപ്പിടിക്കണം തന്റെ മാറോട് ചേർത്ത്ണയ്ക്കണം എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് പകൽക്കാലോട് വന്നിരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വളരെ വിനിയപൂർവം അറിയിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതിലേ ശിവനെ ഇന്ന് കാണിച്ചു അവൻ സ്നേഹം മാത്രമാണ് അവൻ പരിശുദ്ധന്മാരിൽ പരിശുദ്ധനാണ് അവൻ മാത്രമാണ് ഏക അവൻ മാത്രമാണ് ഏകമധ്യസ്ഥൻ അവൻ മാത്രമാണ് ഏകസ്നേഹം ആ നിർമ്മല സ്നേഹം നിങ്ങൾ മഹടി വിളിക്കുകയാണ് എന്റെ കർത്താവിന് സ്ത്രോത്രം പരസ്പര സ്നേഹം പരസ്പര സ്നേഹം മാത്രമല്ല പൂർണ്ണ വിശുദ്ധി അതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത നാലാമത്തെ നാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇനി വരാനിരിക്കുന്നതായ കാര്യങ്ങളിൽ വലിയ വലിയ ഭൂകമ്പങ്ങൾ വരുന്നു വലിയ വലിയ ബോംബാക്രമണങ്ങൾ വരുന്നു വലിയ ക്ഷാമങ്ങൾ വരുന്നു വലിയ പ്രകൃതി വിക്ഷോഭങ്ങൾ വരുന്നു വലിയ വലിയ വലിയ അപകടങ്ങളെ അർത്ഥങ്ങളും വരുന്നു ലോകം ഈ ലോകമാകല സകലം തകർന്നു പോകുന്ന കാര്യങ്ങൾ അതുപോലെ എല്ലാം നിശിച്ചു പോകുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നു പല ബാധകളെക്കുറിച്ച് പറയുന്നുണ്ട് പല പല അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പല രീതിയിലുള്ളതായ ക്രോധകലശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഏഴ് കാഹടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഏഴ് ക്രോധകലശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് പതിനേഴാമത്തെയും പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നതാണെന്നറിയാമോ അവിടെ കാണുന്നത് ലോകത്തോട് രാജിയായൊരു സഭയൊക്കെയാണ് ലോകത്തോട് രാജിയായൊരു സഭ എ കോംപ്രമൈസ് ചർച്ച് കോംപ്രമൈസിലേക്ക് വന്ന ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം ലോകം വേണം ദൈവവും വേണം ദൈവം വേണ്ടെന്നില്ല ലോകവും വേണം സ്നേഹിതരെ രണ്ടും കൂടി കിട്ടുകയില്ല ഒരുത്തിന് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വിഷയമാണ് വിഷയമൊന്നല്ല അതിന്റെ ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമുണ്ടെന്ന് എനിക്കറിയ ലോകവും വേണം ലോകം വിടാൻ പറ്റുമോ ഞാൻ എന്റെ ഭാര്യ ഉപേക്ഷിക്കണമോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കണമോ എന്റെ എന്റെ ജോലി ഉപേക്ഷിക്കണമോ പ്രിയപ്പെട്ടവരെ എൻറെ എന്റെ സമ്പത്ത് ഉപേക്ഷിക്കണമോ എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം ഉപേക്ഷിക്കണമോ എന്റെ മക്കളുടെ കാര്യം നോക്കണ്ടേ ഇനി മക്കളെ പഠിപ്പിക്കണ്ടേ പ്രിയപ്പെട്ടവരെ വീടിന്റെ കാര്യം നോക്കണ്ടേ വീട് ചോർന്നൊലിക്കുന്നു ഒരു പുതിയ വീട് പണിയുന്ന കാര്യം ആലോചിക്കുന്നതിൽ തെറ്റുണ്ടോ അയ്യോ ലോകമല്ലേ ലോകം ലോകം അയ്യോ കുഴപ്പായോ പ്രിയപ്പെട്ടവരെ അതല്ല ഈ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിർമ്മമത്വം വരിക അത് ഞാനിന്ന് ഡിറ്റാച്ച്മെന്റ് വരിക നിർമത്വം ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം എല്ലാം എല്ലാം താഴെ അതെല്ലാം തകർന്നാലും അതെല്ലാം മാറിയാലും ആ കാര്യം ഒന്ന് അന്വേഷിച്ചില്ലെങ്കിലും എനിക്ക് യേശു വേണം എനിക്ക് യേശു വേണം ദൈവത്തിന് സ്തോത്രം എല്ലാം മാറിയാലും എനിക്ക് യേശു വേണം പണ്ട് ഞങ്ങൾ കൃഷി ഉണ്ടായിരുന്നു പാടത്ത് കൃഷി ഉണ്ടായിരുന്നു അപ്പോഴേ ഈ അമ്മ അമ്മ അന്ന് അമ്മയ്ക്ക് ഈ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭയങ്കര കാര്യമാണ് അമ്മ പറയും യുവ മറ്റേ അയാൾ കണ്ടങ്ങളിലെല്ലാം എല്ലാം ആളുകൾ വിതയ്ക്കു വിതച്ചു നടന്നാൽ നട്ടു എല്ലാമായി നമ്മൾ മാത്രം ഒന്നും ആക്കാതിരുന്ന എങ്ങനെയാണ് ഇതെല്ലാം എങ്ങനെയാണ് എന്നും ഈ യോഗം എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ അമ്മ പറയും ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറയും ഒരു യോഗം നമുക്ക് കൃഷി അടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സാരമില്ല അമ്മ വിഷമിക്കാണ്ടിരിക്കെ അമ്മ സമ്മതിക്കില്ല അയ്യോ അങ്ങനെയല്ല അതാണ്ട് ഇനി എങ്ങനെയാ പിന്നെ അല്ലെങ്കിൽ കളയ കടത്തുക മറ്റുള്ളവരുടെ കണ്ടും എല്ലാം വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ കണ്ടത്തിൽ കൂടെ അങ്ങോട്ട് കടത്താൻ പറ്റുമോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം വേഗം വേഗം അതിന് കാര്യങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവര് എനിക്ക് ഒരു കൂസിലും ഇല്ല എന്താണത് കാരണം കൃഷി നടത്തേണ്ടതൊന്നും എനിക്കില്ല ഏറ്റവും നല്ല കൃഷി കിട്ടിയിട്ടുമുണ്ട് എന്റെ ദേഹത്തിന് സ്തോത്രം കർത്താവ് ഒന്നും പിറകിലാക്കിയിട്ടില്ല ഒന്നും കുറച്ചിട്ടുമില്ല പക്ഷേ എന്റെ ദേഹത്തിന്റെ സ്തോത്രം ഒന്നാം സ്ഥാനം എനിക്ക് യേശു ഈ കർത്താവിൻ്റെ ശുശ്രൂഷയുണ്ടെങ്കിൽ അതിനൊന്നാം സ്ഥാനം കർത്താവിന്റെ വേലയുണ്ടെങ്കിൽ അതിനൊന്നാം സ്ഥാനം എന്റെ ദൈവമേ ഞാനിനെക്കുറിച്ച് പൊക്കി പറയുകയാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ എനിക്ക് പേടിയുണ്ട് ദൈവത്തിന് സ്തോത്രം ഉള്ള കാര്യങ്ങൾ ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുകയാണ് എങ്ങനെയാണ് പഴയ കാലങ്ങൾ ജീവിച്ചതെന്നായി പറയുന്നത് സ്തോത്രം അതുകൊണ്ടെന്നൊക്കെ ഞാൻ ഓളറിയിട്ടായിരുന്നു നിങ്ങൾക്കാർക്കും തോന്നരുതേ ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഒരുകൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഓരോരുത്തരും ഒന്നാം സ്ഥാനം കൊടുക്കണം അതിനു തക്കതായ ഒരു ഒരു വ്യക്തമായ സമർപ്പണം നിങ്ങൾക്ക് വരുന്നുണ്ടോ ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് എന്റെ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഒരു രോഗം ഒന്ന് ചികിത്സിക്കണ്ട എന്നാണോ പറഞ്ഞത് ഒന്നാം അതുകൊണ്ട് എനിക്ക് ഇന്ന് യോഗമുള്ള ദിവസമാണ് എന്ന് അതുകൊണ്ട് ഇന്ന് ചികിത്സിക്കു പോകണ്ട അല്ല ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കും സംശയിക്കേണ്ട എല്ലാം നോക്കാൻ സാധിക്കും ഒന്നും ഉഴപ്പേണ്ടി വരില്ല ഒന്നും മുടങ്ങുകയില്ല എല്ലാം എല്ലാം എല്ലാം നിയന്ത്രിക്കുന്നത് ക്രിസ്തു മാത്രം ലോകകാര്യങ്ങൾ പോലും ക്രിസ്തു നിങ്ങൾക്ക് നിയന്ത്രിച്ചു തരും എന്റെ ദൈവത്തിന് സ്തോത്രം ലോകത്തിലെ കാര്യങ്ങളെല്ലാം ക്രിസ്തു തന്നെ നിങ്ങൾക്ക് എല്ലാം നിർവഹിപ്പിച്ചു തരും എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം കൃത്യം നോക്കിത്തരും നിങ്ങളുടെ മക്കളുടെ ഭാവി കൃഷി നോക്കിത്തരും എന്റെ ദൈവത്തിന്റെ സ്തോത്രം മക്കളുടെ വിവാഹം കൃത്യം നോക്കിത്തരും മക്കളുടെ മക്കളുടെ കാര്യങ്ങൾ കൃത്യം നോക്കി തരും എല്ലാം നോക്ക ഒരാളുണ്ട് ആളെ എല്ലാം ഏൽപ്പിക്കുകയാണ് എന്റെ ദൈവത്തിന് സ്തോത്രം കരുത്തന ഒരുത്തൻ കരുത്തിൽ പിടിക്കുന്നതായ അനുഭവം ദൈവത്തിന് സ്തോത്രം കരുത്തനായി ഒരുത്തൻ നിങ്ങളുടെ കരുത്തിൽ പിടിക്കുന്ന അനുഭവം നിങ്ങൾ ചോദിക്കട്ടെ ഈ കരുത്തൻ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇതങ്ങോട്ട് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു ഉറപ്പുണ്ടോ എന്റെ കയ്യിലെ പിടി വിട്ടു ഞാൻ അവന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചുവെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ കൈയിലെ പിടിയെല്ലാം വിട്ടു എന്റെ കർത്താവെ എന്റെ കൈയിലെ പിടിയെല്ലാം വിട്ടു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാവം മുഹത്തപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഈദ് തന്നെ ആവർത്തിച്ച് പറയുകയാണ് എല്ലാം മറന്ന് ക്രിസ്തുവിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു മഹാഭാഗ്യാനുഭവത്തിലേക്ക് വരാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ ക്രിസ്തുവിന്റെ രാജ്യവും പുരോഹിതന്മാരുമാകുവാൻ ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുന്നു അവൻ രാജ്യത്തിൽ സ്നേഹത്തിന്റെയും വിശുദ്ധരെയും പ്രവാചകന്മാരാകാൻ അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് ഓടി വരാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൊതിവ് കൊണ്ട് എന്റെ അടുക്കലേക്ക് ഓടി അവന്റെ പാദത്തിൽ അവന്റെ പാദത്തിൽ തിരക്തമൊഴുകുന്നുണ്ട് അവിടെ രോഗസൌഖ്യമുണ്ട് അവിടെ ബാധ മാറിക്കിട്ടും ദൈവത്തിന് സ്തോത്രം അവിടെ കോപം മാറിക്കിട്ടും അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞുകിട്ടും അവിടെ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ വർഷം ഇതുപോലെ ബയോക്ലാസ്സിൽ ഞാൻ പറഞ്ഞതെന്ന് ആവർത്തിച്ച് പറയട്ടെ നിങ്ങളിൽ ചിലരുടെ കടങ്ങൾ മാറും ദൈവത്തിന് സ്തോത്രം കടം മാറുക മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ഇന്ന് കടം വാങ്ങാൻ കൈ നീട്ടിയ കൈകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കാനായി നിങ്ങളുടെ കൈ നീട്ടാനിട വരും സ്തോത്രം കാരണം സ്വർഗത്തിലെ ദൈവം വല്ലഭനാണ് അവൻ സർവശക്തനാണ് അവൻ നിങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ അവൻ മനസ്സിലുള്ളവനാണ് ഈ ദൈവം അകലത്തിലല്ല ദൂരെ ദൂരെ നിൽക്കുകയല്ല ദൈവത്തിന് സ്തോത്രം ദൂരെയല്ല പ്രിയരേവൻ ദൂരെയല്ല നിങ്ങളോട് ഏറ്റവും അടുത്തും നിൽക്കുന്നു നിങ്ങൾ വിശ്വസിക്കൂ അവൻ നിങ്ങളുടെ സമീപത്തോ നിൽക്കുകയാണ് അവൻ നിങ്ങളുടെ നേരെയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ചങ്കിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നടക്കുന്ന ആ ചിന്തകളെല്ലാം കണ്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ് നിങ്ങൾ വേണമോ വേണമോ വേണമോ ഇത്രയും വേണമോ ഇപ്പോൾ വേണമോ പിന്നെ പോരെ എന്നെല്ലാം ചിന്തിക്കുന്നത് അവൻ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ വേണമോ അത് എന്നെക്കൊണ്ട് സാധിക്കുമോ എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചിലരുടെ മനസ്സിൽ ആശങ്ക വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സമർപ്പണം എടുത്താൽ അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ദോഷമല്ലേ അയ്യോ എനിക്ക് സാധിക്കുമോ ഞാൻ തോൽവി അടഞ്ഞു പോകുമോ എനിക്ക് തെറ്റുപറ്റി പോകുമോ നിങ്ങൾ ചിലരെ സംശയിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാം മുഹൂർത്തപ്പെട്ടിട്ട് ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം തറപ്പിച്ചു പറയാം നിങ്ങളെ സാധിക്കും ദൈവത്തിന് സ്തോത്രം നമ്മുടെ കരുപ്പള്ളി മത്തായി സാറ് പറഞ്ഞതുപോലെ എറണാകുളത്തെ ഡിസ്ട്രിക്ട് കാർഷിക വികസന ബാങ്കിന്റെ മാനേജറായ മത്തായി സാറ് പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടില്ലേ മത്തായി സാറ് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ മത്തായി സാർ പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം ജി യുവനുള്ള ജീയനുള്ള ദൈവം നമ്മെ നടത്താൻ മതിയായവനാണ് നമ്മുടെ കാര്യം നോക്കാൻ മതിയായവനാണ് ദൈവത്തിന് സ്തോത്രം അവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ അവൻ പോന്നവനാണ് ദൈവത്തിന് സ്തോത്രം അവൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം അവൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അവൻ നിങ്ങളെ നടത്തും ദൈവത്തിന് സ്തോത്രം അവൻ നിങ്ങളെ വാല തലയാക്കും സഹോദരി സഹോദരങ്ങളെ ഇപ്പോൾ നിങ്ങളോട് പറയട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമോ എന്ന് ഭയപ്പെടേണ്ട അന്ന് കാലയെ ഉയോശുവായും മാത്രം ഉറച്ചുനിന്നതായിട്ടാണ് ലേ ആ പ്രസംഗിച്ചത് കാലയെ ഉയോശുവായും പറഞ്ഞു നമുക്കത് സാധിക്കും കൈവശമാക്കുക എന്ന് പറഞ്ഞു അവർക്ക് അവരിൽ ദൈവം പ്രസാദിച്ചു നമ്മെ കൊണ്ട് സാധ്യമല്ല നാം വെറും കൊതുകുകളെ പോലെയാണ് നാം വെറും പറവകളെപ്പോലെയാണ് നാം നിസ്സാരരാണ് നാം തോറ്റുപോകുകയുള്ളൂ നമ്മെ അവര് അനാഖ്യ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു അവർ നമ്മെ കൊന്നുകളയും അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറയുന്ന ആ പത്ത് പേരെ പോലെയല്ല നമുക്ക് സാധിക്കും എന്ന് പറയുന്ന രണ്ടുപേരെ പോലെ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ മനസ്സാകുലപ്പെടേണ്ട എനിക്ക് സാധിക്കുമോ എന്ന് പേടിക്കേണ്ട അത് സാധിക്കാൻ പറ്റാത്തവരായി ആരും വേണ്ടി മുഴുവനായി സമർപ്പിക്കാൻ പറ്റാത്തവരായി ഒരു കുഞ്ഞും ഈ വാക്കുകളെ കേൾക്കുന്നില്ല വിശ്വസിക്കൂ എനിക്ക് സാധ്യമല്ല എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ദൈവത്തിന് സ്തോത്രം അവൻ എന്നെ ശക്തനാക്കും അവന്റെ ക്രമയെനിക്ക് തരും അവൻ എന്നോട് കൂടെ ഇരിക്കും അവൻ എന്നെ ജയിപ്പിക്കും വിശ്വസിക്കുക ദൈവജനമേ വിശ്വാസം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക എനിക്കിതുവരെയും സാധിച്ചില്ല ഇനിമേൽ സാധിക്കും വിശുദ്ധ ജീവിതം എനിക്കിതുവരെയും സാധിച്ചില്ല ഇനിമേൽ സാധിക്കും എല്ലാം മറന്നുള്ള സമർപ്പണം ഇതുവരെയും വന്നില്ല ഇനിമേലത് സാധിക്കും എന്റെ യേശുവെ നിർമ്മല സ്നേഹം എനിക്ക് വന്നില്ല ഇനിമേലത് സാധിക്കും ഇപ്പോഴും മനസ്സിൽ കീറീർപ്പുകളും ഇഷ്ടക്കുറവുകളും ഉണ്ട് ചില വൈഭവങ്ങളും പിണക്കങ്ങളും ഉണ്ട് അത് ഞാൻ ഇനി എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു ഇനി അത് സാധിക്കും ദൈവത്തിന് സ്തോത്രം എല്ലാം മറന്ന് എന്റെ യേശുവിന്റെ ഒരു വിശ്വസാക്ഷിയായി ഞാൻ നിൽക്കും ഇനിമേൽ എനിക്ക് സാധിക്കും എനിക്കത് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഓഹ് എനിക്കത് സാധിക്കും സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരാൻ സാധിക്കും ഒരു പൂർണ്ണ ആത്മീകനാകാൻ എനിക്ക് സാധിക്കും ഒരു പൂർണ്ണ വിശുദ്ധനാകാൻ സാധിക്കും യേശു എന്നെ അതിലേക്ക് നയിക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ യേശു അതിലാക്കി തീർക്കും രക്ഷയ്ക്കു വേണ്ടി ഞാൻ ഇതാ കാക്ഷിക്കുന്നു വിശുദ്ധ ജീവിതത്തിനു ഞാനിതാ കാക്ഷിക്കുന്നു ജയജീവിതത്തിനു ഞാനിതാ കാക്ഷിക്കുന്നു ർത്താവേ ഞാനിതാ വരുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനിതിലാക്കും പന്ത്രണ്ടാംസം കീർത്തണം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനിതാക്കും ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട് രക്ഷയ്ക്ക് വേണ്ടി ആർക്കാഗ്രഹമുണ്ട് അവരെ രക്ഷയിലാക്കുവാൻ അവരുടെ ബാധ മാറ്റുവാൻ യേശുവൻ നിൽക്കുകയാണ് സകല ബാധകളും മാറട്ടെ ഹലൂയ സകലബന്ധനങ്ങൾ അഴിയട്ടെ ഹാലലു ഹാലലു ഹാലലു സകല ശാപങ്ങൾ നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ തിരു രക്തത്തിന്റെ മുദ്രയാൽ ഹാലലു യേശുവിന്റെ തിരി രക്തത്തിന്റെ അധികാരമുള്ള ശക്തിയെ സകലബാധകളും മാറട്ടെ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെടട്ടെ സകല ചാഞ്ചല്യങ്ങളും മാറട്ടെ സകല സംശയങ്ങളും നീങ്ങട്ടെ സകല അവിശ്വാസങ്ങൾ മാറട്ടെ എനിക്ക് സാധിക്കുമോ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ൾ നീങ്ങിപ്പോകട്ടെ ഹാലലു ഹാലുയ്യ എനിക്ക് സാധിക്കുമെന്ന് ഓരോരുത്തരെ ഹൃദയം പറയുമാറാകട്ടെ ഹാലലൂയ്യ ഹാലലൂയ്യ പ്രിയപ്പെട്ടവരെ ആർക്കെല്ലാം ഈ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട് എനിക്കത് സാധിക്കും ഇതുവരെ സാധിച്ചില്ല എനിക്കത് സാധിക്കും സമ്പൂർണ്ണ സമർപ്പണം എനിക്കത് സാധിക്കും പൂർണ്ണമായി ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എനിക്കത് സാധിക്കും ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം എനിക്കത് സാധിക്കും ഒരു പൂർണ്ണ സ്നേഹ നിഷ്കളങ്കമായ ജീവിതം എനിക്കത് സാധിക്കും അങ്ങനെ തീരുമാനമുള്ളവരെ അവരുടെ കാര്യങ്ങൾ ഉയർത്തുകയും എനിക്ക് സാധിക്കുമെന്നുള്ളവരെ അവരുടെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുകയും ഞാൻ പറഞ്ഞു തരാം എനിക്കത് സാധിക്കും എനിക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കും സമ്പൂർണ്ണ സമർപ്പണം എനിക്ക് സാധിക്കും ജീവിതം എനിക്ക് സാധിക്കും ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതത്തിന് ശേഷം ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം എനിക്ക് സാധിക്കും ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം ഇനുശേഷം ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം എനിക്ക് സാധിക്കും ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം സമ്പൂർണ്ണമായി സ്നേഹിക്കാൻ എനിക്ക് സാധിക്കും സമ്പൂർണമായി സ്നേഹിക്കാൻ എനിക്ക് സാധിക്കും ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കും ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കും ദൈവം സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എനിക്ക് സാധിക്കും ദൈവം സ്നേഹിക്കുന്ന മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എനിക്ക് സാധിക്കും എനിക്കത് സാധിക്കും എനിക്ക് എനിക്കത് സാധിക്കും എന്റെ തലമുറയ്ക്ക് അത് സാധിക്കും എന്റെ തലമുറയ്ക്ക് മക്കൾക്ക് സാധിക്കും എന്റെ മക്കൾക്ക് എന്റെ ഭാവി തലമുറക്ക് എനിക്കത് സാധിക്കും സ്ത്രോത്രം സ്തോത്രം കൈകളെ താഴ്ത്തിയടുവിൻ കരുണയുള്ള കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു അവിടുത്തെ വിലയേറിയ മക്കളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതിനായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു നിന്റെ പ്രിയ മക്കളുടെ മേലത്തെ ക്രമ ചൊരിഞ്ഞതിനായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾ നിക്ഷേപിച്ചതിനായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു ഈ സ്വർഗീയ നിക്ഷേപം വളരുമാറാക്കുന്നതിനായി സ്തുതിക്കുന്നു ഈ സ്വർഗീയ നിക്ഷേപം വർദ്ധിക്കുമാറാക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ അവിടുത്തെ രണ്ടാമത്തെ വരൂരെയും ഈ താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കൃപയിൽ പൊതിയണമേ തിരു രക്ത താൽമത്തിയിലിടണമേ വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുക്കിക്കൊണ്ട് വരണമേ തിരുനാമം മുഹത്തിപ്പെടുത്തണമേ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആ